ജ്ഞാനം സംയുക്തി ഈ ശബ്ദങ്ങളിലൂടെ അറിയുന്നത് ഈ ശബ്ദങ്ങളിലൂടെ ബോധിപ്പിക്കുന്ന ഈ ജ്ഞാനം അത് അഗ്നിയും അതിൻ്റെ ഉഷ്ണവും പോലെ സൂര്യനും അതിൻ്റെ പ്രകാശവും പോലെ ബ്രഹ്മത്തോട് അഭിന്നമാണ് ബ്രഹ്മത്തിൽ നിന്ന് പേരിട്ടൊന്നല്ല എന്നാൽ ജ്ഞാനം എന്ന് പറയുന്ന ആ ശബ്ദത്തിന്റെ വാചിയുമല്ല ഈ ശബ്ദത്തിലൂടെ ഗ്രഹിക്കാവുന്നതുമല്ല അനുഭവപ്പെടുന്നുണ്ട് ജ്ഞാനം ഉണ്ടാവുമെന്നും നശിക്കുന്നു ബ്രഹ്മം നിത്യമാണെന്നും പറയുന്നു നിത്യമായ ബ്രഹ്മത്തിന് ജ്ഞാനം പറയുമ്പോൾ ഉണ്ടായി നശിക്കുന്ന ഈ ജ്ഞാനവുമായിട്ട് അതിനെന്താ ബന്ധം അതിലൂടെ പറഞ്ഞു എന്താണത് ജ്ഞാനാഭാസമാണ് വാസ്തവത്തിലുണ്ടായി നശിക്കുന്നത് ജ്ഞാനമല്ല ബുദ്ധിയാണ് ഉണ്ടായി നശിക്കുന്നത് ബുദ്ധി വൃത്തികളാണ് ജ്ഞാനം ഉണ്ടായി നശിക്കുന്നതായി ധരിക്കുന്നു നിത്യസ്വരൂപത്വ അത് നിത്യമാണ് ജ്ഞാനത്തിൻ്റെ സ്വരൂപം നിത്യമാണ് ജ്ഞാനം നിത്യമാണ് അവിഭക്താകാതികാരണവാശൂക്ഷ്മ അന്യ ം വിവഹിതം വിപ്രകൃഷ്ടം ഭൂതം ഭക്ഷ്യത് അജ്ഞം ബ്രഹ്മ ബ്രഹ്മം ജ്ഞാനസ്വരൂപമാണെന്നുള്ള ജ്ഞാനം തന്നെ എന്നാൽ ഈ ഉണ്ടായി നശിക്കുന്ന ജ്ഞാനം അതാണ് ബ്രഹ്മം എന്ന് പറയാനും വയ്യ ഉണ്ടായി നശിക്കുന്ന ജ്ഞാനം അതിനാണ് അനുഭവം എന്ന് പറയുന്നത് ഓരോ ജീവനും ഈ അനുഭവത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ അനുഭവത്തെ അജ്ഞാനത്തെ അറിയാത്ത ആരും ആ ജ്ഞാനത്തെ അറിയുന്നതുകൊണ്ട് വിശേഷിച്ച് ഫലമൊന്നും കാണുന്നുമില്ല ബ്രഹ്മ റിയുക അതുകൊണ്ട് സംസാരം നിർത്തി അതാണ് സംഭവിക്കേണ്ടത് ജ്ഞാനമാണ് ബ്രഹ്മം ജ്ഞാനത്തെ എല്ലാ ജീവനും അറിയാം പക്ഷെ സംസാരം നിർത്തി സംഭവിക്കുന്നില്ല അത് മാത്രവുമല്ല ബ്രഹ്മം സർവജ്ഞനാണെന്ന് പറയുന്നു ബ്രഹ്മം സർവജ്ഞനാണെങ്കിൽ എന്താ സർവജ്ഞതയുടെ അർത്ഥം സർവത്തെ അറിയുക സർവീ പ്രപഞ്ചത്തെ പൂർണ്ണമായും അറിയുക സർവകാലത്തെയും അറിയുക ഭൂത വർത്തമാന ഭാവി സർവകാലത്തെയും അറിയുക സർവവസ്തുക്കളെ അറിയുക സർവദേശത്തെ അറിയുക സർവലോകങ്ങളെ ഇതാണ് സർവഞ്ചത്ത് ബ്രഹ്മ അങ്ങനെ സർവജ്ഞനായിരുന്നാലല്ലേ സൃഷ്ടി സ്ഥിതി എല്ലാം നടക്കത്തു സർവജ്ഞനല്ലാത്തൊരാൾക്ക് എങ്ങനെ സൃഷ്ടി നടത്താൻ പറ്റും അതുകൊണ്ട് ബ്രഹ്മത്തെ സർവജ്ഞനായി സ്വീകരിക്കേണ്ടി വരും സർവവിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം ബ്രഹ്മത്തിലുണ്ടെന്ന് സ്വീകരിക്കേണ്ടി വരും വിഷയങ്ങൾ മാറുന്നു അതനുസരിച്ച് ജ്ഞാനവും മാറിക്കൊണ്ടിരിക്കുന്നു കാലം മാറണം ഭൂതം വർത്തമാനം ഭാവി ജ്ഞാനവും ഭൂതവർത്തമാനം ഭാവി കാലത്തിനനുസരിച്ച് മാറണം കാലത്ത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും കാലം ദേശം വസ്തു ഇതിനനുസരിച്ച് നാനാജ്ഞാനവും ഉണ്ടായിരിക്കണം ബ്രഹ്മത്തിന് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് സർവജ്ഞനും സർവത്തെ അറിയുന്നവനങ്ങനെ പറയാൻ കഴിയും അതൊന്നും ഇല്ലെങ്കിൽ സൃഷ്ടി സംഹാരം നടക്കത്തില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ ബ്രഹ്മത്തിലും ജ്ഞാനം ഉണ്ടായി മറയുന്നു എന്ന് സ്വീകരിക്കേണ്ടി വരും ബ്രഹ്മത്തിൽ ജ്ഞാന കർത്തൃത്വം വരും ബ്രഹ്മം ബ്രഹ്മത്തിൽ ജ്ഞാനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തെ സൃഷ്ടിക്കുന്നു പ്രദീക്ഷണം ജ്ഞാനം മാറി മാറി ഒരു സ്ഥലത്ത് വരണമെങ്കിൽ അവിടെ അതിന്റെ കടത്തൃത്വം പറഞ്ഞു ജ്ഞാന കടത്തൃത്തം അങ്ങനെ വന്നുകഴിഞ്ഞാലോ മുമ്പ് പറഞ്ഞു ബ്രഹ്മം ജ്ഞാനസ്വരൂപമാണെന്നുള്ളത് അതിന് വിരോധം ബ്രഹ്മം ജ്ഞാനസ്വരൂപം ആയിരിക്കുക ജ്ഞാനം തന്നെ ബ്രഹ്മമായിരിക്കുക അതേ ബ്രഹ്മം തന്നെ സർവജ്ഞനുമായിരിക്കുക അത് സാധിക്കില്ല സർവജ്ഞനാവണമെങ്കിൽ പല ജ്ഞാനം വേണം ജ്ഞാന കർത്തൃത്വം ജ്ഞാനത്തെ ഉണ്ടാക്കുന്ന ആളാണെന്ന് വരും ബ്രഹ്മം ഇപ്പൊ ജ്ഞാന കർത്തൃത്വം കൂടാതെ സർവജ്ഞത ശ്രദ്ധിക്കത്തില്ല ബ്രഹ്മത്തിന് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ജ്ഞാനസ്വരൂപമല്ല എന്ന് ബ്രഹ്മം പക്ഷേ ബ്രഹ്മത്തെ സർവജ്ഞനായിട്ടാണ് പറയുന്നത് അപ്പൊ ജ്ഞാന കർത്തൃത്വം കൂടാതെയുള്ള സർവജ്ഞത അതെന്താണ് ഇവിടെ സമാനം പറയുന്നത് സർവഭാവാനാച്ച തേനമിഭക്ത ദേശകാലത്വാം ഇവിടെ സർവജ്ഞതാന്ന് പറയുമ്പോൾ ജ്ഞാനകർത്തൃത്വമല്ല ഒരു ജീവൻ ഒരു വിഷയത്തെ അറിയുന്നു രണ്ട് വിഷയത്തെ അറിയുന്നു പിന്നെ നാനാ വിഷയങ്ങളെ അറിയുന്നു ഓരോ വിഷയത്തെ അറിയുമ്പോഴും ആ ജീവനിൽ ജ്ഞാനകർത്തൃത്വം സംഭവിക്കുന്നു ഒരു ജ്ഞാനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു ആ ജ്ഞാനം നശിക്കുന്നു പുതിയത് വരുന്നു പക്ഷെ അങ്ങനെ വന്നാലും അവിടെ അങ്ങനെ ഒരു ജീവൻ ധാരാളം ജ്ഞാനത്തെ ഉണ്ടാക്കിയ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഒരു ജീവൻ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ സ്വപ്നത്തിലും അറിവ് അയാളുകൾ ഉണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലതിന് പൂർണതയില്ല അതുകൊണ്ട് സർവജ്ഞനെന്ന് പറയുന്നില്ല കുറെ കയറിയും കുറെ അറിയാതിരിക്കും അവിടെ സർവജ്ഞതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന എന്താണ് ദേശകാലം ജീവന് സർവജ്ഞതയ്ക്ക് തടസ്സം എല്ലാത്തിനെയും അറിയാൻ കഴിയുന്നില്ല ദേശം കാലം വസ്തു ഇതുകൊണ്ടുള്ള വ്യവധാനം കൊണ്ട് ജീവൻ സർവജ്ഞത വരുന്നു ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നു അല്ലെങ്കിൽ മനസ്സിലൂടെ അറിയുന്നു എവിടെയാലും ശരി ഇന്ദ്രിയങ്ങൾ തന്നെ എന്താണ് പല സ്വഭാവത്തിലറിയുന്നത് സ്വകേന്ദ്രിയം അതുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതിനു ഗ്രഹിക്കാൻ പറ്റും വ്യവഹിതമായി അല്ലെങ്കിൽ വിപ്രകൃഷ്ഠിരിക്കുന്നതിന് ഗ്രഹിക്കാൻ പറ്റത്തില്ല ശീതം ഉഷ്ണ്രയുമായിട്ട് സമ്പർക്കത്തിൽ അതുമായിട്ട് സംയോഗത്തിൽ വന്നാലേ ഗ്രഹിക്കാൻ പറ്റും അല്പം ദൂരെയാണെങ്കിൽ അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല ദക്ഷിണേന്ത്യ അങ്ങനെ അത് ദൂരെയാണെങ്കിലും ഗ്രഹിക്കും സൂര്യഗോളം വളരെ ദൂരെയാണ് പക്ഷേ ചക്ഷേന്ദ്രിയും അതിനനുഗ്രഹിക്കും ദേശകാലങ്ങൾ കൊണ്ട് വരുന്ന വ്യവധാനം ഓരോ ഇന്ദ്രിയങ്ങളെയും ഓരോ തരത്തിലാണ് പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് ജീവന് ജീവന്റെ അറിവിലെ പരിമിതികളുണ്ട് കാലം കൊണ്ടുള്ള വ്യവധാനം ഒന്നും അറിയാൻ കഴിയുന്നില്ല ഭൂതം അത് വളരെ ഭൂതകാലത്തിലേക്ക് പോയതൊന്നും അറിയാൻ കഴിയാം ഇന്നലെ എന്നിങ്ങനെ പിറകിലോട്ട് പോയാൽ നൂറ് വർഷം ആയിരം വർഷം പിറകിലോട്ട് പോയാൽ പിന്നെ അറിവില്ല കാലം കൊണ്ടുള്ള വ്യവധാനം വന്നാൽ ജീവിന അറിവില്ല ദേശം കൊണ്ടുള്ള വ്യവധാനം ഇവിടെ ഈ ദേശത്ത് എന്തൊക്കെ അറിയും റിയാം ശ്രമിച്ചാൽ കുറെ അറിയാൻ പറ്റും പക്ഷെ മറ്റു ദേശങ്ങളിൽ എന്താണ് ഒന്നും അറിയുന്നില്ല അറിയാൻ വയ്യാത്ത ദേശങ്ങളിൽ തന്നെ ഉണ്ട് വസ്തു കൊണ്ടുള്ള വ്യവധാനം ഇന്ദ്രിയങ്ങൾക്ക് വസ്തു കൊണ്ട വ്യവധാനം വന്നാൽ ആഗ്രഹിക്കാനൊക്കെ പറ്റും കണ്ണ് മുമ്പിൽ വസ്തു കൊണ്ട് പക്ഷെ കൺപോള അതിനെ മറച്ചു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് ാല വസ്തുക്കൾ കൊണ്ട് വ്യവധാനം സംഭവിക്കുന്നതുകൊണ്ട് ജീവന് സർവജ്ഞത്വം പിന്നെ ഈശ്വരനെക്കുറിച്ച് പറയുകയാണ് അങ്ങനെയല്ല ഈശ്വരന് ദേശകാല വസ്തുക്കളൊന്നും വ്യവധാനം സൃഷ്ടിക്കുന്നില്ല വ്യവധാനം സൃഷ്ടിക്കാത്തത് കൊണ്ട് ഈശ്വരനെല്ലാത്തിനും അറിയാൻ കഴിയും എല്ലാ ദേശത്തെയും എല്ലാ കാലത്തെയും എല്ലാം റിയുന്നതുകൊണ്ട് ഈശ്വരന് സർവജ്ഞത് ഉണ്ടെന്ന് പറഞ്ഞാലോ എന്നാലും ശരിയാകത്തില്ല എന്തുകൊണ്ട് അപ്പൊ ഈശ്വരനും ഞാനൊക്കർത്തൃത്വം വരും വിഭഹിതമായ ദേശത്തുള്ളതിന് അതീതമായ കാലത്തുള്ളതിന് എല്ലാം ഈശ്വരനറിയുന്നു ആ ഓരോ വിഷയത്തെക്കുറിച്ച് ഈശ്വരന് ജ്ഞാനം ഉണ്ടാകുന്നു ഈശ്വരന്റെ സ്വരൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈശ്വരൻ ജ്ഞാനത്തെ സൃഷ്ടിക്കുന്നു ഞാനൊക്കെ തൃത്വം വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനും ഈശ്വര സ്വരൂപമല്ല അതുകൊണ്ട് അതല്ല ഇവിടെ സർവജ്ഞത്വം എന്ന് പറയുന്നത് നാനാ അറിവുകളെ അല്ല സർവജ്ഞത്വം എന്ന് പറയുന്നത് അത് കാലദേശങ്ങൾ കൊണ്ട് മറയ്ക്കാവുന്ന ഒന്നല്ല സൃഷ്ടിക്കാവുന്ന ഒന്നുമല്ല മറിച്ചെന്നു കൊണ്ട് തന്നെ അവിഭക്ത ദേശകാലത്വം ാലങ്ങൾ അവിഭക്തമായിരിക്കുന്നു അവിടെ പറയും സംയുദ്ധ അവ്യവധാനം ഈ സംയത് അല്ലെങ്കിൽ ബോധവുമായി ദേശകാലങ്ങൾക്ക് വ്യവധാനമില്ല മറയില്ല അതാണ് സർവജ്ഞത എന്ന് പറയുന്നത് ഒരു ജീവൻ എന്തെയെന്ന് അറിയുമ്പോൾ കാലങ്ങൾ കൊണ്ട് ദേശങ്ങൾ കൊണ്ട് വ്യവധാനത്തെ സൃഷ്ടിക്കുന്നു സൃഷ്ടിച്ചിട്ടറിയുന്നു ഇന്നലെ ഇന്ന് അടുത്ത് ദൂരെ എന്നിങ്ങനെ അറിയുന്നു അത് ജീവന്റെ അറിവിൻ്റെ പരിമിതി നമ്മുടെ ജീവന് സർവജ്ഞനെന്ന് പറയാൻ ബ്രഹ്മം അങ്ങനെയല്ല ബ്രഹ്മം സ്വയം ചിത് സ്വരൂപമാണ് അതിൽ നിന്ന് വ്യവഹിതമായി ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ അതിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല അതാണ് സംയു അവ്യവധാനം എന്ന് പറഞ്ഞത് ഇവിടെ അങ്ങനെയല്ല കാലദേശങ്ങളോട് ജീവൻ വ്യവധാനങ്ങളെ സൃഷ്ടിക്കുന്നു ജ്ഞാനസ്വരൂപത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല വ്യവഹിതമായി മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല സർവം അത് തന്നെയാണ് ജ്ഞാതമെന്നോ അജ്ഞാതമെന്നോ എന്ന് പറഞ്ഞാലും രണ്ടും അമ്മ്യഹിതമാണോ അജ്ഞേയമായി എന്തെങ്കിലും ഇരിക്കും അറിയുന്നതായി എന്തെങ്കിലും ഇവിടെ ഇരുന്നാൽ അജ്ഞേയമായി ഇരിക്കും അത് യത്തിന്റെ സ്വഭാവമാണ് അറിയുന്നതായിരിക്കുക അറിയാത്തതായിരിക്കുക നമ്മൾ എന്തിനറിഞ്ഞാലും അറിയുന്നതുവരെ അത് അറിയപ്പെടാത്തതായിട്ടുണ്ട് അജ്ഞയമായതിനാണ് വീണ്ടും ന്യായമാക്കുന്നത് അറിയാതിരുന്നതിനറിയുന്നു അതിനാണ് നമ്മൾ അറിയുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനെ സംബന്ധിച്ച് ജേയത്വം അവകാശപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ സ്വാഭാവികമായി അജ്ഞേയത്വം വരും അങ്ങനെ നമുക്കൊരു ദൃഷ്ടാന്തം എടുക്കാൻ പറ്റത്തില്ല ഞാനിതിനെ അറിയുന്നു പക്ഷേ അതിനറിയാതിരുന്നില്ല എന്ന് പറയാൻ കഴിയത്തില്ല അറിയുന്നു എന്ന് പറഞ്ഞാൽ അവരു മുമ്പ് അതജ്ഞേയമായിരുന്നു ഇപ്പോൾ അറിയുന്നു എന്ന് പറയുന്നത് അപ്പൊ സർവ്വ വിഷയങ്ങളും അജ്ഞയരൂപത്തിലിരിക്കുകയാണ് പക്ഷേ ജ്ഞേയ അജ്ഞേയ രൂപത്തിലിരിക്കുന്ന സർവവും സംയുത് അഭ്യവധാനം ആ സംയുത്തിനോട് അഭേദമായിരിക്കുന്നു ഇതാണ് സംയുത്തിന്റെ സർവജ്ഞത സർവജ്ഞത എന്ന് പറയുന്നത് സംയുത് സ്വരൂപമാണ് ജ്ഞാനം തന്നെ ജ്ഞാനത്തെ തന്നെ സർവജ്ഞത എന്ന് പറയുന്നു അതിനെ തന്നെ ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നു അല്ലാതെ നമ്മൾ ധരിക്കുന്നത് പോലെയുള്ള നാനാത്വജ്ഞാനമല്ല അതല്ല ബ്രഹ്മത്തിന്റെ സർവജ്ഞത എവിടെയെല്ലാം ബ്രഹ്മൻ സർവ സർവജ്ഞൻ എന്ന് പറയുന്നു ഈശ്വരൻ സർവജ്ഞൻ എന്ന് പറയുമോ അവിടെയെല്ലാം ഈ അർത്ഥത്തിൽ ആഗ്രഹിക്കുന്നു മറിച്ച് നമ്മൾ സാധാരണ ഇരിക്കുന്നതുപോലെ എൻ്റെ കാര്യവും അന്യന്റെ കാര്യമൊക്കെ അറിയുന്ന ഒരു വ്യക്തി വ്യക്തിയിൽ ഇരിക്കുന്ന അനന്തമായ ഞാനും ആ അർത്ഥത്തിലല്ല ഇതാണ് തേന അവിഭക്ത ദേശകാലത്ത് കാലദേശങ്ങളെ അതിൽ നിന്നും വേറെയാക്കാൻ കഴിയുന്നില്ല ഭൂതവർത്തമാന ഭാവി ഇതെന്നും ജ്ഞാനസ്വരൂപത്തിൽ നിന്ന് വേറെ വേറിട്ടൊന്നില്ല കാലാകാശാദി കാരണത്തുവാ അതുകൊണ്ടാണ് അതിന് സർവജ്ഞതാന്ന് പറയുന്നത് കാലാകാശാദികൾക്ക് കൂടി അത് കാരണമാണ് എന്നുവെച്ചാൽ കാലാകാശാദികൾ അതിൽ പ്രകാശിക്കുന്നതാണ് ജ്ഞാനത്തിൽ പ്രകാശിക്കുന്നതാണ് കാല ആകാശം നിരുദിശയ സൂക്ഷ്മത്വ ആകാശത്തേക്കാൾ അത് സൂക്ഷ്മമാണോ അതുകൊണ്ട് ആകാശം അതിൽ പ്രകാശിക്കുന്നു ഇന്നത്തസ്യ അവിജ്ഞേയം അത് സ്വയം ജ്ഞാനസ്വരൂപമായതുകൊണ്ട് അതിൽ നിന്ന് അന്യമായി വിജ്ഞേയമോ അവിജ്ഞേയമോ ഇല്ല രണ്ടുമില്ല അതാണ് അന്യത് അവിജ്ഞയം അതാണ് ഞാൻ സ്വരൂപത്തിന്റെ അർത്ഥം സൂക്ഷ്മം അങ്ങനെ അവിജ്ഞേയമായി സൂക്ഷ്മമായോ വിഹിതമായോ വിപ്രകൃഷ്ടമായോ ഭൂതമായോ ഭവത് വർത്തമാനമായോ ഭവിഷ്യത് ഭാവി കാലത്ത് അങ്ങനെ ഒന്നുമില്ല എന്നിട്ട് അപ്പോ സാധാരണ ഒരുവൻ സർവജ്ഞനെന്ന് പറയുമ്പോൾ അറിയാത്തതിനറിഞ്ഞാണ് സർവജ്ഞനം എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ ഒന്നുമില്ല അറിയാത്തത് അറിയേണ്ടതായിട്ടൊന്നുമില്ല ഒരാളുണ്ട് ഒരു ജീവനെ സംബന്ധിച്ച് അവൻ്റെ പല കാര്യങ്ങളറിയാം അവൻ്റെ പല കാര്യങ്ങളും അറിയില്ല അന്യന്റെ കാര്യങ്ങളും അങ്ങനെ തന്നെ ചിലതറിയും ചിലതറിയത്തില്ല ഇതിൽ താരതമ്യം വന്നിട്ട് കൂടുതൽ അറിയുന്നവർ സർവജ്ഞന്മാർ കുറച്ചറിയുന്നവർ അൽപ്പജ്ഞന്മാർ അങ്ങനെയാണോ അതല്ല എന്നാണ് പറയുന്നത് ഇവിടെ അവിജ്ഞേയൊന്നുമില്ല എന്നുവെച്ചാൽ അറിയേണ്ടതായിട്ടൊന്നുമില്ല അറിയാൻ വയ്യാത്തത് എന്തെങ്കിലും അറിയേണ്ടതായിട്ടും കാണിത് അത് രണ്ടുമില്ല ജ്ഞാതജ്ഞാതങ്ങൾക്ക് അപ്പുറം അതാണ് ഇവിടുത്തെ സർവജ്ഞത്വം അങ്ങനെ അവിജ്ഞേയമായി സൂക്ഷ്മമായിട്ടൊന്നുമില്ല സർവവും സംയതവ്യവഹിതമായിരിക്കുമ്പോൾ സംയുത്തിൽ നിന്നും വേറെ അല്ലാതെ ഇരിക്കുമ്പോൾ സൂക്ഷ്മം സ്ഥൂലം ഇങ്ങനെ ഭേദമില്ല വ്യവഹിതം വിപ്രകൃഷ്ടം മറഞ്ഞിരിക്കുന്നത് ദൂരെ ഇരിക്കുന്നത് ദേശം കൊണ്ടും വസ്തുക്കളെ വരുന്ന അറിവില്ലായ്മ അത് ബ്രഹ്മത്തിലില്ല അതുകൊണ്ട് ദേശകാലങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊരറി ദേശകാലങ്ങളെ ആശ്രയിച്ചു വരുന്ന ഒരു വലിയ അറിവ് അങ്ങനെ ഒരു അറിവില്ല അവിടെ ഭൂതം ഭവത് ഭവിഷ്യത് ഇന്നലെ ഒരു കാര്യം അത് ഞാൻ അറിയുന്നില്ല അത് അറിയുന്ന ആളാണ് ഈ ചേരുന്നങ്ങനെയല്ല ഭൂതത്തിലും അങ്ങനെ ജ്ഞാതാജ്ഞാതങ്ങളില്ല ഭവത് വർത്തമാനത്തിനുമില്ല ഭാവിയിൽ നമ്മളറിയാത്തതിന് അറിയാൻ പോകുന്ന ഒരാൾ ഇതെല്ലാം വെറും കൽപ്പനകളാണ് ഈശ്വരന്റെ സർവജ്ഞതയെക്കുറിച്ചുള്ള കൽപ്പനകളാണ് അതല്ല വാസ്തവത്തിലെ സർവജ്ഞത അത് സംയുക്തയോധാനം സർവ്വ വിഷയങ്ങളും അതിൽ പ്രകാശിക്കുന്നു അതിന് ജ്ഞേയമെന്നോ അജ്ഞയമെന്നോ ജ്ഞാതമെന്നോ അജ്ഞാതമെന്നോ എന്ത് വേണോ പറയാം അപ്പോൾ ഈശ്വരൻ അജ്ഞേയമായ എന്തെങ്കിലും കൊണ്ട് അജ്ഞനായിത്തീരുന്നില്ല അജ്ഞാതമായ എന്തെങ്കിലും കൊണ്ട് അജ്ഞനായിത്തീരുന്നില്ല ഈശ്വരൻ ജ്ഞാനസ്വരൂപനാണ് ആ ജ്ഞാനത്തിൽ ഇത് സർവവും നിലനിൽക്കുന്നു പ്രകാശിക്കുന്നു ആ ജ്ഞാനത്തിൽ പ്രകാശിക്കുന്നതാണ് സൂക്ഷ്മം വിപരീതം വിപ്രകൃഷ്ടം ഭൂതം ഭവത് ഭവിഷ്യത് എല്ലാം അതാണ് ഈശ്വരന്റെ സർവജ്ഞത അല്ല നമ്മൾ ധരിക്കുന്ന പോലെയുള്ള പ്രഹൃദയജ്ഞാനമോ മറ്റെന്തെങ്കിലും ജ്ഞാനത്തെ ഉണ്ട് അവരുടെ സർവജ്ഞത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബ്രഹ്മത്തെ സർവജ്ഞം എന്ന് പറയുന്നത് പണില്ലാതെ കാണുന്നു ചെവിയില്ലാതെ കേൾക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ അതിന്റെ താൽപര്യം ഇതാണോ എന്താണോ സമിത് അവ്യവധാനമേവ ഹി വിശേഷ്യ സിദ്ധി സംത് സ്വഭാവേന ബ്രഹ്മണ അവ്യൂഹിതം ഇതി സർവജ്ഞം ബ്രഹ്മ ഉപചര്യതേ അതുകൊണ്ട് ബ്രഹ്മത്തെ സർവജ്ഞൻ എന്ന് പറയുന്നത് ഗൗണമായി പറയുന്ന മുഖ്യമായ അർത്ഥത്തിലല്ല സർവത്തെയും അറിയുന്നവനെന്നുള്ള രീതിയിൽ ബ്രഹ്മത്തെ സർവജ്ഞനെന്ന് പറയുന്നത് ഒരു മുഖ്യമായ അർത്ഥത്തിൽ പറയുന്ന അല്ല അതൊരു താല്പര്യത്തെ കണ്ടുകൊണ്ട് ശ്രുതി പറയുന്നതാണ് എന്തുകൊണ്ട് സംവിത് സ്വഭാവന ബ്രഹ്മണിതം എന്തെല്ലാം വിഷയങ്ങളുണ്ടോ വിഷയങ്ങൾ അനന്തമാണ് കാലദേശ വസ്തുക്കളുടെ രൂപത്തിലുള്ള ഈ വിഷയങ്ങൾ അനന്തമാണ് അതെന്താണ് ഈ സംവിസ്വരൂപത്തിലുള്ള ജ്ഞാനസ്വരൂപത്തിലുള്ള ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല അത് മനസിലാക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത് ശ്രുതി ബ്രഹ്മൻ സർവജ്ഞമാണ് അല്ലാതെ എന്നാൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അറിയുന്നവനെന്നുള്ള അർത്ഥത്തില്ല അതല്ലേ മണ്ഡുക യേശ സർവീശ്വര യേശ സർവജ്ഞൻ സർവജ്ഞനായിരിക്കുന്നു ഒന്നും അറിയാതിരിക്കുമ്പോൾ അവൻ സർവജ്ഞനായിരിക്കുന്നു ഗാഠനിദ്രയിൽ സർവജ്ഞനായിരിക്കുന്നു എന്നാണ് എന്തുകൊണ്ട് ജാഗ്രത്തിൽ സർവജ്ഞനായിരിക്കുന്നു എന്ന് പറയുന്നില്ല അറിയുന്നതാണല്ലോ ജാഗ്രത അങ്ങനെ സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ നമുക്ക് സർവജ്ഞൻ അങ്ങനെയാണ് നമ്മൾ സർവജ്ഞനെക്കുറിച്ച് ധരിക്കുന്നു എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് സുശക്തി അങ്ങനെ പറയാൻ കഴിയും അറിയാനൊന്നുമില്ല ജാഗ്രതയിൽ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല അവിടെ സർവജ്ഞൻ പറഞ്ഞു സുഷുപ്തൻ എന്തുകൊണ്ട് അവിടെ ഏകീഭൂതനായിരിക്കുന്നു അതുകൊണ്ട് സർവജ്ഞനായിരിക്കുന്നു അവിടെ ഇത് എന്ന് പറഞ്ഞെന്താണോ അമ്പ്യവഹിതമായിരിക്കുന്നു അവിടെ അമനിൽ നിന്നും വേറിതിരിക്കാനൊന്നുമില്ല ബ്രഹ്മത്തിൽ നിന്ന് വേർതിരിക്കാനൊന്നും സർവുമാ സംവിസ്വരൂപമായി തന്നെ ഇരിക്കുന്നു ഒരു തരത്തിലുള്ള ഭേദബുദ്ധി ബുദ്ധിയും അവിടെ നിലനിൽക്കുന്നില്ല നിലനിൽക്കാതിരിക്കുമ്പോൾ സർവവും സംയത് സ്വരൂപമായിരിക്കുമ്പോൾ ആണവൻ സർവജ്ഞനായിരിക്കുന്നത് അതുകൊണ്ടാണ് ഉറങ്ങിക്കിടക്കുന്നവൻ സർവജ്ഞനെന്ന് പറഞ്ഞത് അവനല്ലാതെ ഒരു സർവജ്ഞത ശ്രുതി പറയുന്നില്ല മറിച്ചു പറഞ്ഞു കഴിഞ്ഞാലോ ഇത് ജ്ഞാനസ്വരൂപമല്ല എന്ന് പറയും ബ്രഹ്മം ജ്ഞാനസ്വരൂപമല്ല എന്ന് പറയുന്ന ശ്രുതി പറയുന്നത് ജ്ഞാനം സത്യം ജ്ഞാനം അനന്തം ജ്ഞാനമാണ് ബ്രഹ്മം ജ്ഞാനസ്വരൂപമാണ് ആ ജ്ഞാനസ്വരൂപമായിരിക്കുന്നത് തന്നെ സർവജ്ഞത അല്ലാതെ നാനാവിഷയജ്ഞാനമല്ല നാനാവിഷയജ്ഞാനത്തിലൂടെ ബ്രഹ്മത്തിനൊരിക്കലും സർവജ്ഞനാകാൻ പറ്റത്തില്ല അവിടെ ജ്ഞാനകർത്തൃത്വം എന്ന് പറയുന്നത് ദോഷമില്ല എന്നാലും ഈ ബ്രഹ്മം തന്നെ നാനാരൂപത്തിൽ മാനാജീവത്തിൽ മനുഷ്യരും ദേവന്മാരും ധർമ്മികീടങ്ങളും നാനാരൂപത്തിൽ നാനാജ്ഞാനത്തോടുകൂടിയിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ നാനാജ്ഞാനത്തോടുകൂടിയിരിക്കുന്നെങ്കിലും ആ നാനാജ്ഞാനത്തോടുകൂടിയിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലുള്ള സർവജ്ഞം എന്ന് പറയുന്നു മറിച്ച് ജ്ഞാനസ്വരൂപനാണോ ഇവിടെ വിഷയങ്ങളെ പലതരത്തിലും വ്യവധാനത്തോടുകൂടി ജീവന്മാർക്ക് അനുഭവപ്പെടുന്നുണ്ട് ഭൂതം വർത്തമാനം ഭാവി അത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രത്യേകതകൾ കൊണ്ടാണ് വിഷയത്തെ ഗ്രഹിക്കുന്ന മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളെയും എല്ലാവരും പ്രത്യേക തരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ തൊക സ്പർശിച്ചാലേ അറിയാൻ കഴിയും ചക്ഷിരേന്ദ്രിയത്തിന് ദൂരെയുള്ളതിനെ അറിയാൻ കഴിയുന്നു ഇത്തരത്തിൽ മനസ് ഭൂതത്തെ അനുസ്മരിക്കാൻ കഴിയുന്നില്ല ഭൂതത്തിൽ മനസ്സിൽ വിസ്മൃതി വരും യഥാവ് ഗ്രഹിക്കാൻ പറ്റത്തില്ല ഭാവിയിലേക്കാണെങ്കിലോ മനസ്സിനൊട്ടും പ്രവേശിക്കാനേ കഴിയുന്നില്ല ഭാവിയിലും മനസ്സിന്റെ വിഷയങ്ങൾ വ്യവഹിതമായിരിക്കുന്നു മറഞ്ഞിരിക്കുന്നു ഇതൊക്കെ അറിവിന് അറിയുന്നതിന് ജീവന അറിയുന്നതിനുള്ള ഉപാധികളിൽ വരുന്ന ന്യൂനതകൾ കൊണ്ട് സംഭവിക്കുന്ന ഈ ന്യൂനതകളെയൊക്കെ പരിഹരിച്ച് സർവത്തെയും സദാ അറിഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ സർവത്തെയും സദാ ഈ ന്യൂനതകളില്ലാതെ സർവത്തെയും സർവത അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ആളാണ് ഈശ്വരൻ എന്നൊക്കെയാണ് നമ്മൾ ധരിക്കുന്നത് ആ ഈശ്വരൻ സർവജ്ഞനാണ് ഈശ്വരന് സർവജ്ഞനാകുന്നതിന് അവിശ്യമില്ല എന്തുകൊണ്ട് ഈ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ വരുന്ന ഈ ന്യൂനതകൾ കരണദോഷം കൊണ്ട് സംഭവിക്കുന്നതാണ് മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും എല്ലാം ദോഷങ്ങളും കൊണ്ടാണ് ഈ അറിവിൽ നമുക്ക് പൂർണ്ണത ഉണ്ടാകാത്തത് പക്ഷേ ീ വിഷയങ്ങൾ ജ്ഞേയമായും അജ്ഞേയമായും ഉള്ള ഈ വിഷയങ്ങൾ എവിടെ പ്രകാശിക്കുന്നു അറിവിൽ അറിവിൽ പ്രകാശിക്കുന്ന ഈ വിഷയങ്ങളെ അറിവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല വേറെയാക്കാൻ കഴിയുന്നു അതുകൊണ്ട് ഇവിടെ സർവജ്ഞനായിരിക്കുന്നത് ജീവനോ ഈശ്വരനോ ഇവിടെ സർവജ്ഞനായിരിക്കുന്ന അറിവ് തന്നെയാണ് കാരണം ഇവിടെ ജ്ഞാനത്തെ കുറിച്ചാണ് ചെയ്യുന്നത് ആ അറിവിൽ നിന്നും വിഷയത്തെ വേർതിരിക്കാൻ കഴിയാത്ത പോയി അതീഹിതമെന്ന് പറയുന്നു അറിവിനെ വിട്ടൊരു വിഷയമുണ്ട് ഇവിടെ ഒരു വിഷയത്തിന് അറിവിൽ നിന്നും മാറി നിൽക്കാൻ പയ്യ അറിവിൽ നിന്നും മാറി ഒരു വിഷയത്തെ അറിയിക്കാതെ സാധ്യത അത് ജലവും തരംഗങ്ങളും പോലെ ജലത്തിൽ നിന്ന് വേറിട്ടൊരു തരംഗം അസാധ്യമല്ല തരംഗത്തിനങ്ങനെ നിലനിൽക്കാൻ കഴിയും അത് ജലം തന്നെ അതുകൊണ്ട് ആ ജലത്തിൽ തരംഗങ്ങൾ ഉണ്ടായാലും നശിച്ചാലും ഉണ്ടാകാതിരുന്നാലും കേവല ജലം തന്നെ ഏതവസ്ഥയിലും ജലം ഇതിനും മാറ്റം സംഭവിക്കുന്നില്ല എന്നാൽ അവിടെ പല മാറ്റങ്ങളും നമ്മൾ കാണുന്നുണ്ട് നിശ്ചലമായ ജലം ചലിക്കുന്ന ജലം ഇത് ജലത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല അത് സംഭവിക്കുന്നില്ല പിന്നെ എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ അനുഭവപ്പെടുന്നു അത് ജലമല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് പറയും എന്താണ് അവസരവും ജലമയം തന്നെ തരംഗവും തിരയുമെല്ലാം ജലസ്വരൂപം തന്നെ ഒന്നിനും ജലത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കഴിയുന്നില്ല അതുപോലെ ഈ സംയത് ഈ സംയത്തിൽ നിന്ന് ഒന്നിനും വേറിട്ട് നിൽക്കാൻ കഴിയുന്നില്ല നാമത്തിനും രൂപത്തിനും ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങൾ ഒന്നിനും വേറിട്ട് നിൽക്കാൻ കഴിയുന്നില്ല അതിന് വേറെ കഴിയുന്നില്ല അതുകൊണ്ട് ഈ സംവിത് അത് സർവജ്ഞനാണ് ആ സർവജ്ഞത സമ്മിസ്വരൂപമാണ് അവിടെ മറിച്ച് സർവജ്ഞനായ ഒരു വ്യക്തിയെ കുറിച്ചല്ല അവിടെ പറയുന്നത് ആ ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത് തസ്മാ എന്ന് പറയുന്നത് ആ കാരണം കൊണ്ടാണ് എന്താണ് തേന അവിഭക്ത ദേശകാലത്വം അതാണ് ഹേദം അവിടെ ഒന്നിനെയും വേറൊരുത്തിരിക്കാൻ വയ്യ ആ ജ്ഞാനത്തിൽ നിന്നുകൂടെ ഒന്നിനെയും വേദിരിക്കാൻ വയ്യ ജ്ഞാനത്തിൽ സർവവും പ്രകാശിക്കുന്നു ജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിനോട് അഭിന്നമായി പ്രകാശിക്കുന്നു നാമരൂപങ്ങളല്ല അതുകൊണ്ട് ആ ജ്ഞാനം തന്നെ സർവജ്ഞം ആ ജ്ഞാനത്തെ തന്നെയാണ് ബ്രഹ്മമെന്നും ഈശ്വരനെന്നും ജീവനെന്നും നാനാപേരുകളിൽ പറയുന്നു ആ ജ്ഞാനത്തെ തന്നെയാണ് പ്രപഞ്ചമെന്നും പറയുന്നു എന്തുകൊണ്ട് ആ ജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ ഒരു പ്രപഞ്ചമില്ല അതാണ് സംയുത വ്യവധാനമേവ വിഷയസിദ്ധി ഇതാണ് വിഷയസിദ്ധി എന്ന് പറയുന്നത് ജ്ഞാനസിദ്ധി എന്ന് പറയുന്ന പോലെ മുഖ്യമാണ് വിഷയസിദ്ധി ജ്ഞാനമേകമാണ് അദ്വയമാണ് അത് സ്വയം സർവജ്ഞമാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെ വിഷയസിദ്ധിക്കും അത് പറയാണ് ആ ജ്ഞാനത്തോട് അവവധാനമായി വിഷയസിദ്ധിക്കുക ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് വിഷയ ശ്രദ്ധിക്കയില്ല അതുകൊണ്ട് വിഷയസിദ്ധിക്കുക ഇവിടെ തടസ്സമില്ല സാധാരണ ചോദിക്കുന്ന സർവവും അദ്വൈതമായിരിക്കുകയെ പിന്നെ ഈ ദുരിതം അവിടെ നിന്ന് അദ്വൈതത്തിൽ ദ്വൈതത്തിന് യാതൊരു വൈഷമ്യവും ഇല്ല ദ്വൈതത്തിലാണ് ദൈതത്തിൽ വൈഷമ്യം എന്തുകൊണ്ട് അദ്വൈതത്തിൽ ദ്വൈതം അദ്വൈതത്തിൽ നിന്ന് വേറിട്ടല്ല സംയത അവ്യവിധാനമാണ് വിഷയസ്ഥിതി എന്ന് പറയുന്നത് അതാണ് പറയുന്നത് അദ്വൈതത്തിൽ ദ്വൈതത്തിന് യാതൊരു വൈഷമ്യവും എന്തുകൊണ്ട് അദ്വൈതത്തിലാണ് അദ്വൈതം പ്രകാശിക്കുന്നത് ജ്ഞാനത്തിലാണ് വിഷയം പ്രകാശിക്കുന്നത് അതും ജ്ഞാനത്തിൽ നിന്ന് വേറെ വിരിയാമ്പ ജ്ഞാനമായിട്ട് തന്നെ അത് പ്രകാശിക്കുന്നു ഏതെങ്കിലും ഒരു അറിവിൽ നിന്ന് ഒരുവന് അവനറിഞ്ഞ വിഷയത്തെ മാറ്റാൻ കഴിയുമോ അസാധ്യമാണത് മാറ്റാൻ പോയാൽ മനസ്സിലാവും എന്താണ് അത് അറിവ് തന്നെയാണ് അറിവെല്ലാം വേറെ ഒന്നുമില്ല പുസ്തകത്തെ അറിയുന്നു അറിവ് അറിവിൽ നിന്ന് വേറിട്ടൊരു പുസ്തകം രണ്ടുണ്ട് എന്നൊരാൾ പറയും വേണം രണ്ടുണ്ട് അതുകൊണ്ട് പുസ്തകത്തെ അറിയുന്നു ശരി അങ്ങനെയാണെങ്കിൽ അറിവിൽ നിന്ന് പുസ്തകത്തെ മാറ്റി കാണിക്കുക ഇത് അറിവാണ് ഇത് പുസ്തകമാണ് അങ്ങനെ രണ്ടിനെയും വേർതിരിച്ച് കാണിക്കും അറിവുള്ളിടത്തോളം ആ പുസ്തകം അവിടെയുണ്ട് അവരിൽ നിന്നും ആ വേർതിരിച്ച് ഒരു പുസ്തകം അങ്ങനൊന്നില്ല ഒന്നുകിൽ അറിയുന്നതായി അല്ലെങ്കിൽ അറിയാത്തതായി ഏതെങ്കിലും തരത്തിൽ അത് അറിവിനോട് ചേർന്നേ ഇരിക്കുന്നു അതുകൊണ്ട് അറിവിൽ നിന്ന് വിഷയത്തെ വേർതിരിക്കാൻ കഴിയുന്നില്ല അതാണ് വിഷയത്തിന്റെ സിദ്ധി എന്ന് പറയുന്നത് അങ്ങനെ വിഷയസിദ്ധമായിരിക്കുന്നു ആ വിഷയസിദ്ധിയിലൂടെ പ്രകാശിക്കുന്ന അറിവ് തന്നെയാണ് അതുതന്നെയാണ് അറിവിന്റെ സർവജ്ഞത തസ്മ സർവജ്ഞം തദ് മന്ത്രവർണാച്ച ഇതേ കാര്യം തന്നെ പറയുന്നു ഇത് കേൾക്കുമ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും ഇത് കുറിച്ചാണ് പറയുന്നത് എന്നുള്ള വിസ്മരിച്ചിട്ട് ഇതേതോ ഒരു വ്യക്തിയെക്കുറിച്ച് പറയണെന്നാണ് അപാണിപാദോ ജപനോ ഗ്രഹീത പശ്യത്യചൃണോത്യകർണ സമേത്തി വേദ്യം നശ്യാസ് തമാഹുരാഗ്രം പുരുഷം മഹാന്തം ഇവിടെ പുറത്ത് നിന്ന് എന്താണ് ഒരു പുരുഷനെ കുറിച്ച് പറയുന്നത് പുരുഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരും ഒരു വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ് ആ പാണിപാത ജവനോ ഗ്രഹീത കാലില്ല പക്ഷെ ഓടുന്നു കൈയില്ല പക്ഷെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അച്ചക്ഷു പശ്യത്തി കണ്ണില്ല പക്ഷെ സർവത്തെയും കണ്ണുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു അകർണ സ ശൃണോതി ചെവിയില്ല പക്ഷെ അവൻ സർവവും കേൾക്കുന്നു സവേത്തിവേദ്യം അവൻ അറിയേണ്ട സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അവനെ അറിയാനായി മറ്റൊരുവനുമില്ല തം മഹാന്തം അഗ്രിം പുരുഷം ആഹു ആ മഹാപുരുഷന് അല്ലെങ്കിൽ ആ പുരുഷന് മഹാൻ എന്ന് പറയുന്നു അവനാണ് പരമശ്രേഷ്ഠനായിരിക്കുന്നത് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ മനസ്സി വരുന്ന എന്താണ് ഒരു വ്യക്തിഭാവന ഒരു വ്യക്തി തത്വത്തെ സംബന്ധിച്ചുള്ള വ്യക്തിസങ്കല്പം ഇങ്ങനെയുള്ള പല സവിശേഷതകളോടും കൂടിയ ഒരു വ്യക്തി അതാണ് ഈശ്വരൻ അതല്ല ഇവിടെ പറയുന്നത് എന്താണ് ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നു ഇവിടെ പറയുന്നത് സത്യം ജ്ഞാനം അനന്തം എന്ന് പറഞ്ഞ് ആ തത്വത്തെക്കുറിച്ചാണ് ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ആ തത്വമാണ് ആ തത്വത്തിൽ നിന്ന് ഒന്നുമന്യമാണ് നടക്കുന്നവൻ അന്യമല്ല നടപ്പ് ഗ്രഹിക്കുന്നവൻ അന്യമല്ല ഗ്രഹണം അന്യമല്ല കാണുന്നവൻ കാണൻ കാണുന്ന ഉപകരണം ഇതൊന്നും അന്യമല്ല സർവവും ആ സമയത്തിൽ നിലനിൽക്കുന്നു സമയത്തിൽ പ്രകാശിക്കുന്നു അതുകൊണ്ട് ആ സമയ ആ ജ്ഞാനത്തെ പറയുന്നു എന്താണ് അഗ്നിയും പുരുഷൻ മഹാന്തം മഹാനെന്ന് പറയുന്നു അജ്ഞാനത്തിന്റെ സ്വരൂപം തന്നെയാണ് ആ മഹത്വം ശ്രേഷ്ഠത അത് സർവജ്ഞത എന്ന് പറയുമ്പോൾ ഇവിടെ ഇത്രയും പ്രയാസപ്പെട്ട് ചെയ്യുന്നത് സർവജ്ഞത എന്ന് പറയുമ്പോൾ നമ്മുടെ ജ്ഞാന കർത്തൃത്വത്തെ അംഗീകരിക്കുകയല്ല അനേക ജ്ഞാനങ്ങളുള്ള ഒരുവൻ ഭൂതഭാവികളെ അറിയുന്ന ഒരുവൻ അതല്ല സർവജ്ഞത മറിച്ച് ആ ജ്ഞാനം തന്നെയാണ് അദ്വൈതത്തെ സംബന്ധിച്ചാണ് സർവജ്ഞതയ്ക്ക് ഒരു വിശദീകരണം കൊടുക്കുന്നത് ദ്വൈതത്തിനും മറ്റും സർവജ്ഞത എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിശേഷണമാണ് ഈശ്വരനൊരു വ്യക്തിയായി കാണുന്നു ആ വ്യക്തിക്കൊരു ഗുണമുണ്ടെന്നാണ് സർവജ്ഞത അത് വിധത്തിനത് സ്വീകരിക്കുന്നില്ല അത്തരത്തിലൊരു സംയുത്തിൽ നിന്നും അന്യമായ ഒരു സർവജ്ഞത സ്വീകരിക്കുന്നില്ല സംയുക്ത തന്നെ സർവജ്ഞൻ സംയുക്ത തന്നെയാണ് സർവജ്ഞത അതിന് മാത്രമേ സർവജ്ഞത അവകാശപ്പെടാനൂ എന്നുകൊണ്ട് സർവവും അതിനോട് അഭിന്നമായിരിക്കുന്നു അതുകൊണ്ട് അവിടെ മറ്റ് ജ്ഞാന പടുത്തെടുത്തോന്നിരുന്നൊരു സർവജ്ഞതയുടെ ആവശ്യം അവിടെയില്ല എന്തെങ്കിലും എന്നെങ്കിലും ഒരു ജ്ഞാനം നഷ്ടപ്പെട്ട് ഇല്ലാതിരുന്നിട്ട് നഷ്ടപ്പെടണമെന്നില്ല ഇല്ലാതിരുന്നിട്ട് പിന്നീടുണ്ടാകും നമ്മളതിനുള്ള ശ്രമിക്കുന്നു ഇല്ലാതിരുന്ന ജ്ഞാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഉണ്ടാകുമ്പോൾ പറയുന്നു പുതിയ ജ്ഞാനം ഉണ്ടായി അങ്ങനെ ധാരാളം ജ്ഞാനം ഉണ്ടാകുമ്പോൾ സർവജ്ഞനായി തപസ്സ ചെയ്ത് സാധന ചെയ്ത് സർവജ്ഞനാകും ശ്രുതി പറയുന്ന സർവജ്ഞത അതല്ല നഹി വിജ്ഞാതഹു വിജ്ഞാതേഹ് വിപരിലോപോ വിദ്യ അവിനാശിത്വ ഇവിടെ ഈ വിജ്ഞാതാവിന് വിജ്ഞാനത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇന്നലെ അറിയാതിരുന്നോ ഒന്നിനെ ഇന്നറിഞ്ഞിന് സർവജ്ഞനാവേണ്ട കാര്യമില്ല തപസ്സ് ചെയ്തോ യോഗം ചെയ്തോ ഒന്നും സർവജ്ഞനാവേണ്ട കാര്യമില്ല എന്തുകൊണ്ട് വിജ്ഞാതഹു അവൻ വിജ്ഞാതാവാണ് സർവത്തെയും പ്രകാശിപ്പിക്കുന്ന അറിവായിരിക്കുന്നതാണ് അവന്റെ ആ വിജ്ഞാതി സ്വരൂപമായിരിക്കുന്ന ആ അറിവ് അതിൽ വിപരി ലോകോവിധ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുന്നില്ല ഒരു ന്യൂനത വരുന്നില്ല ഏറ്റക്കുറച്ചിൽ വരുന്നില്ല കുറച്ചറിയാതിരുന്നു പിന്നെ അറിയുന്നു അങ്ങനെ സംഭവിക്കുന്നില്ല അറിയുകയും അറിയാതിരിക്കുകയും ചെയ്യുന്ന എന്തിനെയാണ് വിഷയങ്ങളെയാണ് ആ വിഷയങ്ങൾ എന്താണ് അത് തന്നെയാണ് അതിൽ നിന്ന് വേറിട്ട വിഷയമില്ല വിഷയങ്ങളെല്ലാം അതിലൂടെ സിദ്ധിക്കുക പ്രകാശത്തിലൂടെ ഇരട്ടിനെ കാണുന്നത് പോലെ സർവ്വ വിഷയങ്ങളും ജ്ഞാനത്തിലൂടെ സിദ്ധമാണ് ജ്ഞാനത്തിൽ സിദ്ധമാകുന്നു ജ്ഞാനത്തിൽ നിന്ന് വേർതിരിച്ചത് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് അത് ജ്ഞാനസ്വരൂപമാണെന്ന് ശ്രദ്ധിക്കുന്നു അതാണ് വിജ്ഞാതാവിന്റെ വിജ്ഞാതി എന്ന് പറഞ്ഞിരിക്കുന്നത് വിജ്ഞാതാവായിരിക്കുന്നത് സർവത്ര ഈശ്വരൻ എന്ന് പറഞ്ഞാലും ബ്രഹ്മമെന്ന് പറഞ്ഞാലും ജീവൻ എന്ന് പറഞ്ഞാലും ക്രമികീടങ്ങളിൽ സർവത്ര വിജ്ഞാത ആയിരിക്കുന്നതെന്നാണ് ഒരേ ഒരു ജ്ഞാനം തന്നെ രണ്ട് ജ്ഞാനം രണ്ടിടത്ത് വിജ്ഞാതാവായിരിക്കുന്നില്ല അതിന്റെ വിജ്ഞാതി എന്ന് പറയുന്നതെന്നാണ് അതിന്റെ സ്വരൂപം തന്നെ സർവത്തെയും പ്രകാശിപ്പിക്കുന്നു ആ സ്വരൂപം ഏതൊരു ജ്ഞാനത്തിലാണോ നാനാവിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇവര് ലോകം ഇല്ല ഒരു തരത്തിലുള്ള ഏറ്റക്കുറച്ചിലോ മാറ്റമോ ഒന്നും വരുന്നില്ല അതുകൊണ്ട് ഇന്നലെ അറിയാതിരുന്നു ഇന്ന് അതിനെ അറിയുന്നു ഇന്നലെ അറിയാതിരുന്ന സർവത്തെ നാളെ അറിയേണ്ട സർവത്തെ ഇന്നറിയുന്നു അതുകൊണ്ട് ഞാൻ സർവജ്ഞൻ അങ്ങനെ സർവജ്ഞനാകേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ജ്ഞാനത്തിൽ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നില്ല ഇന്നലെ ഇന്ന് നാളെ ഈ കാലത്തിന് ജ്ഞാനത്തിലൊരു വിപരിലോകം വരുത്താൻ സാധ്യമല്ല അവിനാശിത്വ നിത്യസ്വരൂപമാണ് അതിൽ സത്യമെന്ന് വിശേഷിപ്പിച്ചു ജ്ഞാനം എന്ന് മാത്രമല്ല സത്യമൊന്നും പറഞ്ഞു ജ്ഞാനം സത്യസ്വരൂപമാണ് അവിനാദങ്ങനെ മാറ്റം വരും ഇനി സർവജ്ഞനാവണമെങ്കിൽ എന്ത് വേണം പലതിനും അന്യമായ പലതിനെ അറിയണം മറ്റുള്ളവർ അറിയാതെ അറിയണം എന്നാലേ നമ്മൾ സർവജ്ഞനെന്ന് പറയും പരഹൃദയ ജ്ഞാനം വേണം പരന് പരന്റെ ഹൃദയത്തെ അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ സർവജ്ഞന് പരന്റെ ഹൃദയം അറിയാൻ പറ്റുന്നു അതുകൊണ്ട് സർവജ്ഞ അതാണ് നമ്മൾ ധരിക്കുന്നത് ഇവിടെ അത്തരത്തിലുള്ള സർവജ്ഞതയും എന്തുകൊണ്ടും അതിനകത്ത് തദ്ധീയം മസ്ജി പരനിൻ്റെ വിടെ പിന്നെങ്ങനെ പരനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവും പരം അതില്ല ഇവിടെ സർവജ്ഞതയെ കുറിച്ച് പറയുമ്പം അങ്ങനെ ഒന്നുമില്ല സർവവും ഏകമായ ഞാനുണ്ടെന്നെ പരമില്ലാതിരിക്കും പിന്നെ അങ്ങനെ പരഹൃദയത്തും വരും അതൊന്നുമല്ല എന്നർത്ഥം നദത്തെ ദ്വിതീ മസ്തി അതൊന്നും അല്ല ഇവിടുത്തെ സർവ ശ്രുതി പറയുന്ന സർവജ്ഞ അപ്പോ യും മനസ് സംശയം ഉള്ളൂ വിഭൂതികൾ സിദ്ധികളൊക്കെ ഉണ്ടല്ലോ പ്രഹൃദജ്ഞാനം പോലെയുള്ള യോഗികളുടെയും മറ്റു സിദ്ധികൾ അതിനേക്കിവിടെ നിഷേധിക്കുകയാണോ അത് നിഷേധിക്കല്ലേ കൂടെ പറയുന്നു അതുണ്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ കൂടെ ചർച്ചയുടെ വിഷയം ഒരാൾക്ക് മറ്റൊരാളുടെ മനസ്സിനെ അറിയാൻ പറ്റുമോ അത്തരം കാര്യങ്ങളല്ല അത് ഉണ്ടാകുകയോ എന്നുള്ള ചർച്ചയല്ല ഇവിടെ എന്താണ് അദ്വൈതത്തില് സർവജ്ഞത അതാണ് മറ്റു ഇവിടെ ചർച്ചാവശ്യമില്ല അത് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അതുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ട് ഇവിടെ വിശേഷതയൊന്നും യോഗികളുടെ വിഭൂതികളോ യോഗസിദ്ധികളോ അതിനെയൊക്കെ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ അതൊന്നുമല്ല സർവജ്ഞത എന്ന് പറയുന്ന തത്വം അദ്വൈതത്തിലെന്താണ് അത് നമ്മൾ ധരിക്കുന്നത് പോലെയുള്ള സർവജ്ഞതയല്ല അത് വന്നുകഴിഞ്ഞാൽ അദ്വൈത ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല എന്തുകൊണ്ടിവിടെ ഈ രണ്ട് ജ്ഞാനത്തെ വിവർത്തിച്ച് മനസ്സിലാക്കിത്തരികയാണ് ഒന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഞാൻ മറ്റൊന്ന് നിത്യമായിരിക്കുന്ന ഞാൻ ഇത് രണ്ടും ഒന്നാകുന്നത് എങ്ങനെ രണ്ട് രണ്ടാകുന്നത് അതാണ് പറയുന്നത് അതിന് വേണമെങ്കിൽ നമുക്ക് രണ്ടെന്ന് പറയാം പക്ഷേ ഇതിന് ഒന്നും പറയാം ഇതൊന്നാകുമ്പോൾ അത് തന്നെ സ്വയം സർവജ്ഞനാകുന്നു അവിടെ നതുത്ത രണ്ടാമത്തൊന്നുമില്ല രണ്ടാമതൊരു വിഷയമില്ല രണ്ടാമതൊരു ജ്ഞാനുമില്ല ഇത്യാദി ശ്രദ്ധ ഇത്തരം ശ്രുതികളെല്ലാം ആ സർവജ്ഞതയുടെ യഥാർത്ഥമായ അർത്ഥത്തെ വെളിപ്പെടുത്തുകയാണ് അത്തരമൊരു സർവജ്ഞതയിലാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രതീതമാകുന്നത് അത് എത്ര മാത്രം പ്രപഞ്ചത്തിന് എത്ര വലിപ്പമുണ്ട് എന്ന് തുടങ്ങി എന്ന് നശിക്കും ഇത്തരം ചിന്തകൾക്കൊന്നും അവിടെ പ്രസക്തി അപ്പം സർവജ്ഞതയിൽ സർവജ്ഞതാരൂപത്തിലുള്ള ജ്ഞാനത്തിൽ ഈ പ്രപഞ്ചം പ്രകാശിക്കും ബ്രഹ്മമായും ജീവനായും ഈശ്വരനായും എല്ലാം ഇതാണ് പരമാർത്ഥം ആ രീതിയിൽ ഇവിടുത്തെ ജ്ഞാനശബ്ദത്തിന്റെ താൽപ്പര്യത്തെ മനസ്സിലാക്കണം അതുകൊണ്ട് വിജ്ഞാത അവ്യതിരേകേണഅ അവ്യതിരേകാ കരണാതിനിമിത്ത അനപേക്ഷത്വച്ച ബ്രഹ്മണോ ജ്ഞാനസ്വരൂപത്വീ നിത്യത്വ പ്രസിദ്ധി അതോ നൈവാത്വർത്ഥ തദ്ക്രിയാരൂപത്വ ഇവിടുത്തെ ചോദ്യം ജ്ഞാനം എന്നുള്ള ശബ്ദത്തിലൂടെ നമ്മൾ എന്തിനാഗ്രഹിക്കുമെന്നുള്ളതാണ് ജ്ഞാനശബ്ദത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്ന നമ്മൾ ഈ അറിവാണ് അറിവ് ഓരോ ജീവന്റെയും ഉള്ളിൽ അനുഭവ രൂപത്തെ സ്ഥിതി ചെയ്യുന്നുണ്ട് വിശേഷത്തിന് അറിയേണ്ട കാര്യമൊന്നും അനുഭവ രൂപത്തെ സ്ഥിതി ചെയ്യുന്നു ഇതെന്താണ് പറയുന്നുവരൂപം ഇതാ വിജ്ഞാതാവിന്റെ സ്വരൂപത്തിൽ നിന്ന് വേറിട്ടുള്ള ഒന്നല്ല സ്വരൂപം തന്നെ മുമ്പ് പറഞ്ഞു എന്താണ് സവിതർ പ്രകാശവ് സൂര്യനാഥന്റെ പ്രകാശവും പോലെ വിജ്ഞാതാവ് വിജ്ഞാതാവ് കർണാതിനിമിത്ത അനപേക്ഷത്വം അതായത് കർണാതിനിമിത്തങ്ങളെ ആശ്രയിക്കുന്നില്ല വിജ്ഞാതർ സ്വരൂപമായിരിക്കുന്ന ആ ജ്ഞാനത്തിന് മനസ്സിന്റെ ആവശ്യമില്ല മനസ്സിനെ ആശ്രയിച്ചല്ല ആ ജ്ഞാനം പ്രകാശിക്കുന്നത് മറിച്ച് ആ ജ്ഞാനത്തിലെ ഒരു പ്രതിഫലനമാണ് മനസ് അത് കർണത്തെ അപേക്ഷിക്കുന്നില്ല ആ സ്വരൂപമായിരിക്കുന്ന ആ ജ്ഞാനത്തിന് പ്രകാശിക്കുന്നതിന് കണ്ണിന്റെ ആവശ്യമില്ല വിഷയത്തെ പ്രകാശിപ്പിക്കുന്നതിന് കണ്ണിൻ്റെ ആവശ്യമുണ്ട് ജ്ഞാനത്തിന് പ്രകാശിക്കുന്നതിന് കണ്ണുപോലുള്ള ഒരു കർണത്തിൻ്റെ ആവശ്യം അതുകൊണ്ടാണ് സുഷൃത്തിയിലും സമാധിയിലും മറ്റുമൊക്കെ പ്രകാശിക്കും മൂർച്ചയിൽ പ്രകാശിക്കും അവിടെ എന്താണ് ഈ സംയുക് പ്രകാശമുണ്ട് കരണാദികളെ അപേക്ഷിക്കാതെ അതിന് പ്രകാശിക്കാൻ കഴിവുള്ളതുകൊണ്ട് അത് പ്രകാശിക്കുന്നതുകൊണ്ടാണ് ആ അവസ്ഥയിൽ നിന്നും മാറി വരുമ്പോൾ ജാഗ്രതത്തിലേക്ക് വരുമ്പോ അത്തരത്തിലൊരു പരാമർശം വരും അവിടെയും ഞാൻ ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഇല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടി സുഷുപ്തിയിൽ ഞാനായിരുന്നില്ല മറ്റാരോ ആയിരുന്നു എന്നല്ല പറയുന്നു ഞാൻ തന്നെ ആയിരുന്നു സുഷുപ്തനായത് ഉറങ്ങിയത് ഞാൻ തന്നെ ഉറങ്ങിയത് മറ്റൊരുവൻ ഉണർന്ന് ഞാൻ എന്ന് പറയാൻ കഴിയുന്നില്ല പക്ഷെ അവിടെ ജ്ഞാനമൊന്നുമില്ലല്ലോ ഞാനില്ലെങ്കിലും ഇതുതന്നെ പറയേണ്ടി വന്നു ഞാൻ തന്നെയാണ് ഉറങ്ങിയത് അപ്പോ അവിടെ എന്താണോ ഏത് ജ്ഞാനമാണോ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനം ഈ ജ്ഞാനമില്ലെന്നേ ഉള്ളൂ അവിടെ ജ്ഞാനമില്ലെന്ന് പറഞ്ഞത് അർത്ഥം മറിച്ച് ഉറങ്ങിയ ജ്ഞാനായ ആ ജ്ഞാനം അതെങ്ങനെയുള്ളതാണ് കരണാദി നിമിഷ അനപേക്ഷ ഒരു കരണത്തെ ആശ്രയിക്കാത്ത ജ്ഞാൻ അങ്ങനെ ഒരു ജ്ഞാനത്തെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് അംഗീകരിച്ചേ മതിയാവും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ആശ്രയിക്കാത്ത ഒരു ജ്ഞാനം മനസ്സും ഇന്ദ്രിയങ്ങളും ഇല്ലാത്ത സ്ഥലത്ത് നിലനിന്ന ഞാൻ അതെന്താണ് ആ ജ്ഞാനം അത് തന്നെയാണ് ഇവിടുത്തെ സർവജ്ഞൻ അതിനെയാണ് പറഞ്ഞത് യേശു സർവേശ്വര യേശു സർവജ്ഞ എന്നെല്ലാം പറഞ്ഞതിനെയാണ് അതുകൊണ്ട് ബ്രഹ്മണോ ജ്ഞാനസ്വരൂപ തീടി അപ്പവിടെ അംഗീകരിച്ചേ മതിയാവും ജ്ഞാനസ്വരൂപമാണോ അവിടെ മറ്റെല്ലാത്തിനെയും നിഷേധിച്ചാലും ഞാനത്തെ നിഷേധിക്കാൻ പറ്റുന്നില്ല കാരണം ആ പരാമർശം ഞാൻ തന്നെ കുറിച്ചുള്ള പരാമർശം നാവസ്ഥയിലും ഞാൻ ഉറങ്ങി ഈ അനുഭവം ഈ അനുഭവം ഉറക്കത്തിൽ തൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുകയാണ് സമർത്ഥിക്കുകയാണ് ഉറക്കത്തിൽ തൻ്റെ ഉണ്മയെ നിഷേധിക്കാൻ കഴിയുന്നില്ല ഉറക്കത്തിലും താനുണ്ടായിരുന്നു അതെങ്ങനെ ശൂന്യമായിട്ടില്ല ബോധമായിട്ട് ബോധമാണ് ബോധത്തിലാണോ പരാമർശം സംയുക്തത്തിലാണോ പരാമർശം ഞാൻ ഉറങ്ങി സംയുത്തിനെ നിഷേധിച്ചിട്ടല്ല ഞാൻ അസ്വരൂപത്വി അതുകൊണ്ടത് ഞാൻ അസ്വരൂപമാണോ നിത്യത്വ പ്രസിദ്ധി അതുകൊണ്ടത് നിത്യമാണോ ജാഗ്രത്തിലും സ്വപ്നത്തിലും ശുദ്ധിയിലും ഒരുപോലെ നിലനിൽക്കുന്നു നമുക്കൊരു വസ്തു നിത്യമാണോ അനിത്യമാണോ എന്ന് പരിശോധിക്കാൻ ഈ മൂന്നവസ്ഥകളേ ഉള്ളൂ വേറൊരവസ്ഥ നമ്മുടെ കയ്യിലില്ല ജാഗ്രത സ്വപ്നം സൂക്ഷിക്കും ഇവിടെ അല്ലാതെ ഒരു വസ്തുവിനെ നിത്യത്വം അല്ലെങ്കിൽ അനിത്യത്വവും നമ്മളെവിടെ പോയി പരിശോധിക്കും ഈ അവസ്ഥയിൽ അതിന് കഴിയും ഈ അവസ്ഥയിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലായി എന്താണ് നിത്യമാണോ അതോ നൈവധത്വർദ്ധ അതുകൊണ്ട് ഇവിടെ ജ്ഞാനം ജ്ഞാനം എന്ന് പറയുമ്പോൾ ജ്ഞാവബോധന എന്ന് പറയുന്ന ധാതുവിന്റെ അർത്ഥമായിരിക്കുന്ന അറിയുക എന്നുള്ള മാനസികക്രിയ അല്ല ആ മാനസികക്രിയ അറിവിൽ നിന്ന് വെറുപെടുത്താൻ കഴിയാത്ത ഒന്നാണ് അത് അറിവ് തന്നെയാണ് അല്ലാതെ നമ്മൾ ധരിക്കുന്നത് പോലെ അറിവിൽ നിന്ന് വേർപെട്ട് ഒരു പ്രവൃത്തിയല്ല അറിയുക എന്ന് പറയുന്നു ധാത്തർത്ഥ ഇത് നേരത്തെ ചോദിച്ചാണ് ഞാ എന്ന ധാതുലൂടെയാണല്ലോ ഈ അർത്ഥത്തെ മനസ്സിലാക്കുന്നത് ഇപ്പൊ ശബ്ദത്തിന്റെ സ്വഭാവമനുസരിച്ച് സ്ത്രീയാണ് ബോധിപ്പിക്കുന്നത് അപ്പൊ ജ്ഞാനവും ഒരു മാനസികക്രിയയല്ലേ പറയുന്നു ജ്ഞാനത്തിൽ മാനസികക്രിയ എന്നുള്ളതാണ് സർവപ്രപഞ്ച വ്യവഹാരങ്ങളും നിലനിൽക്കുന്നു സർവജ്ഞാനത്തിൽ നിലനിൽക്കുന്നു പക്ഷെ അതൊന്നും തന്നെ ജ്ഞാനത്തിൽ നിന്ന് വേറെയല്ല ജ്ഞാനസ്വരൂപം തന്നെ ജ്ഞാനമാണെങ്കിലോ അക്രിയാരൂപത്തോ അല്ല അക്രിയാരൂപമാണ് അത് ക്രിയാരൂപത്തിൽ ഉള്ളതല്ല പരിണാമം ക്രിയാതാണ് പരിണമിക്കുക പരിണമിക്കുന്ന രൂപത്തോടുകൂടിയല്ല മാറ്റം സംഭവിക്കുന്ന രൂപത്തോടുകൂടിയല്ല അതുകൊണ്ട് മുമ്പ് പറഞ്ഞു എന്താണോ ഈ മാറ്റങ്ങളെല്ലാം ചിത്തിലുള്ള ആഭാസമാണ് ഈ അറിവിൻ്റെ പരമ്പര അല്ലെങ്കിൽ മനസ്സിൻ്റെ ഈ ഒഴുക്ക് എന്ന് പറയുന്നത് കേവലം ചിത്തിൻ്റെ ഒരു പ്രതീതി മാത്രമാണ് ആ പ്രതീതിയിൽ ആ ഒഴുക്കിനെ നിലനിർത്തുന്നു അതാണ് ചിത്ത് ജലം ഒഴുകുന്നുണ്ട് പക്ഷെ ആ ജലത്തിന്റെ നദിയുടെ ഒഴുക്കിനെ നിലനിർത്തുന്ന എന്താണ് ജലമാണ് ജലത്തിൽ നിന്ന് വേറിട്ടവിടെയൊരു ഒഴുക്കില്ല അതുപോലെ ഈ സംവിത് അത് നിശ്ചലമാണ് അതിൽ ആരോപിതമായിരിക്കുന്ന പ്രതീതമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ ആഭാസമായിരിക്കുന്ന ചലനം അതാണ് ഇതിന് അതിനാണ് നമ്മൾ അറിവറിവെന്ന് പറയുന്നത് ആ ചലനത്തെയാണ് ധത്തോളം എന്ന് പറയുന്നത് നല്ല അറിവിനെ അല്ല അതിനെ നമുക്ക് അറിവിൻ്റെ സ്ത്രീയെന്ന് വിളിക്കാം പക്ഷെ അത് കേരളം നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല ജലത്തിൽ നിന്ന് അതിൻ്റെ ഒഴുക്കിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല എങ്ങനെ വേറുതിരിക്കും ജലത്തിൽ നിന്ന് ആരെങ്കിലും അതിന്റെ ക്രിയയെ വേർതിരിച്ചെടുക്കാൻ പറ്റും അതായത് വെള്ളം ഇത് ഇതിന്റെ ഒഴുക്ക് രണ്ടാക്കാൻ കഴിയും അത് ജലം തന്നെ അതിന്റെ ഏത് ഭാഗം എടുത്താലും ശരിയാ ജലം തന്നെ അതാണ് അത് രണ്ടും തമ്മിലുള്ള ബന്ധം വേറെ വേറി പിരിക്കാൻ കഴിയാത്ത ബന്ധം അതാണ് തത്വർത്ഥ രൂപത്തിലുള്ള മാനസിക ക്രിയയും അറിവിൻ തമ്മിലുള്ള ബന്ധം അതേവചാനക്കർത്തർ അതുകൊണ്ട് ബ്രഹ്മത്തെ സർവജ്ഞനെന്ന് പറയുക ബ്രഹ്മൻ സർവജ്ഞൻ തന്നെയാണ് പക്ഷെ നമ്മുടെ ഭാവനയിലുള്ള സർവജ്ഞത്വം എന്നുവെച്ചാൽ ജ്ഞാന കർത്തൃത്വോടെ ഒരുപാട് അറിവുള്ള ഒരു ആള് അതല്ല വരണം എല്ലാം അറിയുന്ന ഒരാള് എല്ലാത്തിനെയും അറിവ് നിലനിർത്തുന്ന ഒരാള് അതല്ല അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ജ്ഞാന കർത്തൃത്തും ഈ തമ്മിലുള്ള വ്യത്യാസം വളരെ സൂക്ഷ്മമാണ് നമ്മുടെ സ്ഥൂലമായ ധാരണകളിൽ നിന്നുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റില്ല ബ്രഹ്മത്തിൽ സർവജ്ഞത്വത്തെ അംഗീകരിക്കുക അത് ജ്ഞാന ഭർത്തൃത്വത്തെ നിഷേധിക്കുക ഇത് രണ്ട് നമ്മുടെ വ്യത്യാസം അത് വളരെ സൂക്ഷ്മമാണ് തസ്മാദേവച എന്നാണ് എന്ന ജ്ഞാനശബ്ദവാചിമഭിത ബ്രഹ്മമാണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ സത്യം ജ്ഞാനം അനന്തം എന്നുള്ള ഈ മൂന്ന് ശബ്ദങ്ങളിലൂടെ അതിന് വളരെ വിശദീകരിച്ച് അതിന് വരാവുന്ന സംശയങ്ങളെ വിവരങ്ങളെല്ലാം ദൂരീകരിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രുതി ശ്രമിക്കും അവസാനം നമ്മൾ എന്താഗ്രഹിക്കേണ്ടത് ബ്രഹ്മ എന്ന് പറയുന്നത് ജ്ഞാനമാണ് ബ്രഹ്മം എന്നൊരു സംയുക്തമാണ് അല്ലെങ്കിൽ ബ്രഹ്മം ചിത്താണ് ഇത്രയും ഗ്രഹിച്ചാൽ മതിയോ ഇത്രയാണ് ഗ്രഹിക്കേണ്ടതെങ്കിൽ അതിൽ ഗ്രഹിക്കേണ്ടതായിട്ടൊന്നുമില്ല കാരണം ജ്ഞാനം സംയു ചിത്ത് ഇതെന്താണെന്ന് നമുക്കറിയാം ഒരുപക്ഷെ ശബ്ദങ്ങളൊന്നും നമുക്കറിയില്ല എനിക്ക് സംസ്കൃത ശബ്ദമാണ് മറ്റേതെങ്കിലും ഭാഷയിലോ അല്ലെങ്കിൽ ഭാഷയുടെ സഹായമില്ലാതെയോ നമ്മളതിനെ അറിയുന്നുണ്ട് ഈ ജ്ഞാനത്തെ ഇതാണോ ഇത്രയേ ഉള്ളൂ അറിയാനെന്ന് വന്നു കഴിഞ്ഞാൽ ഇതറിഞ്ഞിട്ടെന്താ പ്രയോജനം ഇതാണല്ലോ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതറിഞ്ഞിട്ട് ഈ അറിയുന്നതല്ലൊരു വ്യത്യാസം കാണുന്നില്ല എന്ത് വ്യത്യാസമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സംസാര നിവൃത്തി ഈ ജ്ഞാനമായിട്ടാണോ ജീവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംസാര ഇതിലൂടെയാണല്ല സംസാര നിവൃത്തി ഇതിൽ സംഭവിക്കുന്നു ഇപ്പൊ സംസാര നിവൃത്തി സംഭവിക്കുന്ന ഏത് ജ്ഞാനമാണോ എവിടെയാണ് അതുപറയുന്നു ജ്ഞാന ശബ്ദവാച്യം ഇവിടെ ഈ ശബ്ദങ്ങളിലൂടെ പറയുമ്പോൾ ഇതിന്റെ വാച്യത്തെ ഗ്രഹിക്കാനാണ് പറയുന്നത് ഇതിന്റെ വാച്യം എന്ന് പറയുന്നത് എന്താണോ ഏതെന്നാണോ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഗ്രഹിക്കുന്നത് ഈ ശബ്ദം എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള ശബ്ദം ഞാനൊന്ന് സംസ്കൃതത്തിൽ പറയുമ്പോൾ അറിവെന്ന് മലയാളത്തിൽ പറയുമ്പോൾ ബുദ്ധി മനസ്സ് ഇങ്ങനെ പല ശബ്ദങ്ങൾ കൊണ്ട് ഞാനൊക്കെ പറയുന്നു പല സന്ദർഭത്തിനും പല ശബ്ദങ്ങളെ പറയും ഈ ശബ്ദത്തിലൂടെയെല്ലാം ഗ്രഹിക്കുന്ന ഒന്ന് അന് ശബ്ദവാചം എന്ന് പറയും ഒരു ശബ്ദം കേൾക്കുമ്പോൾ വിത്പന്നനായ ഒരു മനുഷ്യന് അതായത് ബന്ധത്തെ അറിയുന്ന ഒരു മനുഷ്യന് ഒരു ജീവന് അവൻ്റെ ഉള്ളിൽ സ്ഫുരിക്കുന്ന അർത്ഥം അതാണ് വാച്യം അതാണോ ബ്രഹ്മം എന്ന് പറയുന്നത് ശബ്ദവാച്യമാണോ സത്യം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വാച്യും ജ്ഞാനം എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ വാച്യും ആനന്ദം അനന്തം എന്നെല്ലാം പറയുന്ന ശബ്ദങ്ങളുടെ വാചി അതാണ് പറയുന്നതല്ല ഇന്ന് ജ്ഞാനശബ്ദ വാച്യം അവിബ്രഹ്മ അതുമല്ല തദ്ബ്രഹ്മം അതുകൊണ്ടാണ് ശബ്ദത്തിലൂടെ നേരിട്ട് ഇതിനം ബോധിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അതുകൊണ്ടാണ് ശ്രുതി നേതി ഇതല്ല ഇതല്ല അങ്ങനെ ബോധിപ്പിക്കുന്നു അതുകൊണ്ടാണ് വേറൊരു തരത്തിൽ പറയുന്നുണ്ട് ഇത് ലക്ഷ്യമാക്കുന്നത് ജ്ഞാനശബ്ദത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് ലക്ഷ്യമാക്കുന്നുകൊണ്ടാണ് അതിന് അപരോക്ഷം എന്ന് പറയുന്നത് ജ്ഞാനശബ്ദ വാച്യമായിരിക്കുന്നതിനാണ് പരോക്ഷം എന്ന് പറയുന്നത് വാച്യം എന്ന് പറയുമ്പോൾ പരോക്ഷം ലക്ഷ്യം എന്ന് പറയുമ്പോൾ അപരോക്ഷം അങ്ങനെ ഒന്നിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കാരണം ജ്ഞാനം എന്താണെന്നോ അറിയുന്നതിന് ശ്രവണമനം കൊണ്ടെന്നും ആവശ്യം ജ്ഞാനം എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ ആവശ്യം പോലും കേവലം അനുഭവമാണെന്ന് അതിനെ ആശ്രയിച്ചാണ് സർവവും നിൽക്കുന്നത് അതിനറിയുന്നതിന് ഒരു മാധ്യമത്തിൻ്റെ ആവശ്യം അതിനെ വാച്യമായിട്ട് അറിയാൻ കഴിയത്തില്ല അത് പറയുന്നു ജ്ഞാനശബ്ദവാച്യമു നഹ്മാ വ്യക്തമായി പറയുന്നത് തഥാവി തദ്ഭാസവാചകേന ബുദ്ധിധർമ്മ വിഷയേന ജ്ഞാനശബ്ദേന തദ്ദേക്ഷ്യതേ നാലും ശ്രുതി ജ്ഞാനശബ്ദത്തിലൂടെ തദ് ലക്ഷ്യത്തെ അതിനെ ലക്ഷ്യമാക്കുന്നു എന്നത് ഉച്ചതേ പറയുന്നില്ല പറഞ്ഞ് ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല ഈ തത്വത്തിന്റെ താല്പര്യമാണ് പറയുന്നത് എന്താണ് ഇതിനെ ശബ്ദത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റില്ല ഗ്രന്ഥങ്ങൾ അധ്യയനം ചെയ്യുന്നുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല ശാസ്ത്രം കൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇതെല്ലാം നിഷ്ഫലെന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് എന്താണ് എന്നാ തൂച്ചയത്തെ മറിച്ച് തത് ലക്ഷ്യത്തെ ഇതാണ് അതുപോലെ നമ്മൾ തെറ്റിദ്ധരിക്കുക ശബ്ദങ്ങൾ ഇതിനെ നേരിട്ട് വെളിപ്പെടുത്തുന്നില്ല എന്തുകൊണ്ടിതാണ് സർവശബ്ദത്തെയും വെളിപ്പെടുത്തുന്നത് സർവശബ്ദത്തെയും വെളിപ്പെടുത്തുന്ന പ്രകാശിപ്പിക്കുന്ന ഇതിനെ ശബ്ദം വെളിപ്പെടുത്താൻ പോകും ഞാനവിടെ ആത്മാശ്രയദോഷം അസംഭവമായ കാര്യമാണ് പ്രകാശത്തിൽ വെളിവാകുന്ന ഇരുട്ടിനെ പ്രകാശമാണ് പ്രകാശപ്പിക്കുന്നത് തിരിച്ചു പറഞ്ഞാലോ ഇരുട്ടാണ് പ്രകാശത്തെ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പ്രകാശത്തിൻ്റെ ആവശ്യം ഇരുട്ട് മാത്രം അതുപോലെയാണ് പ്രകാശം രണ്ടും ചെയ്യും അതിരട്ടിനെ നശിപ്പിക്കുകയും ചെയ്യും അതിരട്ടിനെ പ്രകാശിപ്പിക്കുകയും രണ്ടും പ്രകാശത്തിന് ചോദ്യം വെളിച്ചത്തിൻ്റെ സ്വഭാവമനുസരിച്ച് അതിൻ്റെ ഏറ്റക്കുറിച്ചിലനുസരിച്ച് ഒരു തരത്തിലത് ഇരുട്ടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും വേറെ തരത്തിലെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും അതുപോലെ ഈ ജ്ഞാനം തന്നെ ഇതിനെ നിലനിർത്തുന്നു ഈ ജ്ഞാനം തന്നെ ഇതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഏതിനാണ് നശിപ്പിക്കുന്നത് വാച്യമായിരിക്കുന്നതിനെ നശിപ്പിക്കുന്നു വാച്യമായിരിക്കുന്ന അറിവ് അല്ലെ അതാണ് വാച്യമായിരിക്കുന്ന അറിവ് ജ്ഞാനശബ്ദത്തിന് വാച്യാർത്ഥം ഇല്ലെന്നല്ല പറയുന്നത് ജ്ഞാനശബ്ദത്തിന് വാച്യാർത്ഥമുണ്ട് അറിവെന്ന് പറയുന്ന ശബ്ദം എന്താണ് അറിവിന്റെ അർത്ഥമായിരിക്കുന്ന വസ്തു അതീ മാറി ഈ അറിവ് അതാണ് അതിൻ്റെ അർത്ഥം വാച്ച് നമ്മൾ പറയുന്നില്ലേ ഞാനിതുവരെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു ഞാനിപ്പോ ജാഗ്രത്തിലിരുന്നതിനെയൊക്കെ അറിയുന്നു ഇതാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഇതാണ് ഞാൻ ശബ്ദത്തിന്റെ വാക്യം പക്ഷെ ഇങ്ങനെ മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് ഒന്നും വ്യവഹരിക്കാൻ വയ്യാത്ത ഞാനും അതിന് പരിസർവകൽപ്പനാതീതം സർവവ്യവഹാരാതീതം ഇത്തരത്തി ഒന്ന് വിവരിക്കാൻ വ്യച്ചു പറയാൻ വയ്യ എന്നാൽ അത് ഉണ്ട് താൻ സുഷുപ്തി പോലെ ഉണ്ട് എന്നാൽ തെളിച്ച് പറയാൻ വയ്യ അതാണ് ജ്ഞാന ശബ്ദത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് സത്യം ജ്ഞാനം ആനന്ദം എന്ന് ശബ്ദങ്ങളിലൂടെ എന്നെ തൂച്ചതേ ഇതിനെ പറയുന്നെ വെളിപ്പെടുത്തുന്നില്ല തദ്ദേശ ക്ഷ്യമാക്കുന്നു അതുകൊണ്ടാണ് ശ്രവണമനനങ്ങൾക്കപ്പുറം നിധ്യാസനത്തിൽ പ്രകാശിക്കുന്നുവെന്നും മറ്റും പറയുന്നു ശ്രവണമനനങ്ങളിലെല്ലാം മനസ്സെന്ത് ചെയ്യുന്നു ആ വാച്യത്തിൽ മുഴുകിയിരിക്കുന്നു വാച്യത്തിനപ്പുറം വാക്യത്തിന് പ്രവർത്തിക്കാവുന്ന രണ്ട് തലങ്ങളേ ഉള്ളൂ ജാഗ്രത സ്വപ്നം അതിനപ്പുറം തുരിയല്ലെന്ന് പ്രവർത്തിക്കാൻ കഴിക്കും അതുകൊണ്ടാണ് അതിന് ദൃഷ്ടാന്തമായി സുഷുപ്തനെ എടുത്ത് കാണിക്കുന്നതും നിധ്യാസനം എന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ് അതുകൊണ്ട് ജ്ഞാനശബ്ദം കൊണ്ട് ഇതിനെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല എന്നാൽ ജ്ഞാനശബ്ദം അതിനെ ലക്ഷ്യമാക്കുന്നുണ്ട് എന്തുകൊണ്ട് ശബ്ദ പ്രവൃത്തി ഹേതു ജാത്യാദി ധർമ്മരഹിതത്വ എന്നുമ്പം ഭാഷകാരൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണോ ശബ്ദപ്രവൃത്തി നിമിത്തം ജാതി ഗുണം കർമ്മം തുടങ്ങിയവ ഗോ എന്ന് പറയുന്നു പശു പശുവിനെയും കാളെയും രണ്ടിനെയും സംസ്കൃതത്തിൽ ഗോ എന്നാണ് പറയുന്നത് പശുവിന് മാത്രമാണ് ആ ജീവി വർഗം ആ ശബ്ദം കൊണ്ട് അതിനെ ബോധിപ്പിക്കുന്നതിന് ആ വസ്തുവിൽ ഒരു നിമിത്തമുണ്ട് അതിനാണ് ഗോത്വം എന്ന് പറയുന്നത് എന്താണ് അതിന്റെ സവിശേഷത അതിന്റെ പ്രത്യേകത അതിന്റെ അസാധാരണത്വം മറ്റു പ്രാണികളിലൊന്നും കാണാത്ത ചില സവിശേഷതകൾ പശുവിൽ ഉണ്ട് അതുകൊണ്ടവിടെ ഗോശബ്ദത്തിൽ നിന്നും നമുക്ക് പശുവിന്റെ അറിവുണ്ടാകും ശബ്ദത്തിന്റെ ആ അർത്ഥത്തിലുള്ള പ്രവൃത്തിക്കുള്ള നിമിത്തം അവിടെയുണ്ട് അങ്ങനെ ഉള്ളിടത്തെ ശബ്ദത്തിന് പ്രവർത്തിക്കാൻ പറ്റും ശബ്ദ പ്രവൃത്തി നിമിത്തമാണ് അവിടെ പാചകൻ എന്ന് പറയുന്നത് വേറെ ഉദാഹരണം പറയും ഭക്തി ഇത് പാചക പാകം ചെയ്യുന്നവൻ പാകം കരോതി അവിടെ നിന്നൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീയാണ് അവിടെ പ്രവൃത്തിയുടെ നിമിത്തം അതുകൊണ്ടാണ് പാചകൻ എന്ന് പറയുന്നത് പഠിക്കുന്നവനെ പാഠകൻ എന്ന് പറയും അവിടെയുള്ള ശബ്ദ പ്രവൃത്തിയുടെ നിമിത്തം കൊണ്ട് അത് ജാതിയോ ഗുണമോ കർമ്മമോ എന്ത് വേണോ അവിടെ അതില്ലാതെ ശബ്ദം പ്രവർത്തിക്കത്തില്ല അത്തരം ധർമ്മങ്ങളൊന്നുമില്ലാത്ത ജ്ഞാനത്തിൽ ശബ്ദം എങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ ജ്ഞാനം എന്നുള്ള ശബ്ദം കൊണ്ട് അതിനെങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും സാധ്യമല്ല പിന്നെ ജ്ഞാനശബ്ദം കൊണ്ട് പറയുന്നതോ ഈ മനസ്സിന്റെ വ്യാപാരത്തെ അതിനാണ് നമ്മൾ സാറിന് ജ്ഞാനം ജ്ഞാനമെന്ന് പറയുന്നത് അതിന് ജ്ഞാനമെന്ന് തന്നെ പറയണമെന്നില്ല മനസ്സെന്ന് പറഞ്ഞാലും ബുദ്ധിയെന്ന് പറഞ്ഞാലും അവിടെയെല്ലാം എന്താണ് പ്രവൃത്തി നിമിത്തത്തെ ആശ്രയിച്ച് പ്രയോഗിക്കുന്ന ശബ്ദങ്ങളാണ് ബുദ്ധിയുടെ വ്യാപാരം ചലനം ബുദ്ധിയുടെ വ്യാപാരം അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഉത്പത്തിസ്ഥിതി നാശം മനസ്സിന്റെ ഉത്പത്തിസ്ഥിതി നാശം ഇതിനെ ആശ്രയിച്ച് അത് മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഉത്പത്തി സ്ഥിതി നാശം അത് സൂക്ഷ്മമാണ് അത് ആന്തരികമാണ് ഇതെല്ലാം അസാധാരണ ധർമ്മങ്ങളാണ് അത് പ്രകാശസ്വരൂപമാണ് ഈ ധർമ്മങ്ങളെല്ലാം എന്താണ് അതിൻ്റെ ശബ്ദ പ്രവൃത്തി നിമിത്തമാണ് ഈ നിമിത്തങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ശബ്ദം കൊണ്ട് മനസ്സിനെ പറയുന്നു അറിയുന്നുള്ള ശബ്ദം കൊണ്ട് നമ്മൾ ഒരു വസ്തുവിനെ പറയും പക്ഷെ വാസ്തവത്തിലുള്ള അറിവോ അവിടെ ഈ ധർമ്മങ്ങളൊന്നുമില്ല ധർമ്മരഹിതത്വ ജാത്യാദിധർമ്മടെ ഇല്ല അതുകൊണ്ട് ജ്ഞാനശബ്ദം കൊണ്ട് ഉച്ചയത്തെ ദക്ഷ്യതയെ അതിനെ ലക്ഷ്യമാക്കുകയാണ് അത് വാച്യമല്ല ഇത് ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ അദ്വൈതശാസ്ത്രം എന്നാണ് ൂപ്രണോ ബാഹ്യസാസമാന്യവിഷയേണ സത്യശ്ദിന സത്യം ബ്രഹ്മത്തിനു സത്യശ്ദവാച്യമേ ബ്രഹ്മശ്ദത്തിന് പറഞ്ഞാൽ അതേ യുക്തി തന്നെ സത്യശബ്ദത്തിൽ പറയും സത്യം ബ്രഹ്മം എന്ന് പറയുന്നു അവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് നമുക്ക് സത്യത്തിന്റെ അനുഭവം സത്തയുടെ അനുഭവം സത്ത എവിടെയാണോ അനുഭവപ്പെടുന്നത് സത്യം പുസ്തകം സത്താണോ അസ്ഥി എന്ന് നമ്മൾ പറയുന്നു അപ്പൊ ഈ വസ്തുവിൽ സത്യത്തിന്റെ അനുഭവം സത്തയുടെ അനുഭവം സത്തയുടെ അനുഭവങ്ങളോട് ഇതിനെ നമ്മൾ സത്യം എന്ന് പറയുന്നു ഇപ്പൊ സത്യ ശബ്ദത്തിന്റെ വാച്യമായി അർത്ഥമായി വരുന്ന സത്ത അതിന്റെ അനുഭവം നമുക്കുണ്ട് ഈ സത്തയാണ് ഇവിടെ പറയുന്ന പരവുമായ ബ്രഹ്മം വാച്യമായിരിക്കുന്ന ഈ സത്യമാണോ അല്ല എന്തുകൊണ്ട് ഈ സത്യം എന്ന് പറയുന്നത് പല സാമാന്യ വിശേഷഭാവങ്ങളോടുകൂടിയതാണ് ഇത് ആപേക്ഷികമാണ് ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് നിലനിൽക്കുന്നതാണ് ഈ വസ്തുവിൽ ഒരു സത്യമുണ്ട് പക്ഷേ ഈ സത്യ അല്ല മറ്റൊരു വസ്തുവിനുള്ള സത്ത പുസ്തകത്തിൻ്റെ സത്ത പേനയുടെ സത്ത എന്ന് പറയുന്നു രണ്ടു ഒന്നെന്ന് പറയാൻ ഒന്നായിരുന്നെങ്കിൽ പുസ്തകമോട്ടത്തിലെല്ലാം പേനയും കണ്ടല്ലോ അതില്ലല്ലോ സത്തകൾ നമ്മൾ വെറുതിരിക്കുന്നത് ഇത് ഇതിൻ്റെ സത്ത ഇത് മറ്റൊന്നിൻ്റെ സത്ത ഓ അതിൻ്റെ സത്ത നഷ്ടപ്പെട്ടു അതില്ല ഇത്തരത്തിൽ സാമാന്യ വിശേഷഭാവത്തിൽ സത്ത നമ്മളറിയും ഉള്ളതായിട്ട് നശിക്കുന്നതായിട്ട് ജ്ഞാനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നില്ല നശിക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം ഏകമായ സത്തയുടെ അനുഭവമാണെങ്കിൽ പിന്നെ നമുക്ക് പാത്രം ഉണ്ടായി ഇന്നലെ നിന്നു നശിച്ചു എന്നൊന്നും പറയാൻ കഴിയത്തില്ല കാരണം സത്ത ഏകമില്ലേ സത്തയിൽ മാറ്റമില്ലല്ലോ നിന്റെ നാശം എങ്ങനെ അനുഭവപ്പെടും പക്ഷേ സത്ത പരമാർത്ഥത്തിന് ഏകം അദ്വയം അപ അപരിണാമി എല്ലാമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ നാശത്തെയും ഉത്പത്തിയൊക്കെ അനുഭവിക്കുന്നു അപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് എന്താണോ സത്തയുടെ വാക്യമായ എന്തോ ഒന്നിനെയാണ് സത്യയുടെ വാച്യമായിരിക്കുന്നതാണ് ഈ പുസ്തകത്തിന്റെ സത്ത അത് പോകുന്നു പുസ്തകം പോകുമ്പോൾ നമ്മൾ പറയുമോ പുസ്തകം നശിച്ചു അതിന്റെ സത്ത നിഷേധിക്കുന്നു നാശമെന്ന് പറയുന്നത് എന്താണ് സത്തയുടെ നിഷേധമാണ് അത് നശിച്ചുപോയെന്ന് വെച്ചാൽ എന്റെ സത്ത നഷ്ടപ്പെട്ടു അപ്പോൾ ഏതാണ് നഷ്ടപ്പെട്ടത് സത്യശബ്ദത്തിന്റെ വാച്യമായിരിക്കുന്നു അതാ നഷ്ടപ്പെട്ടത് അപ്പൊ സത്യം ബ്രഹ്മത്തിൽ സത്യം എന്ന് പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ ഇല്ല കാരണം അവിടെ സത്യശബ്ദത്തിന്റെ വാച്യമായ ഒന്നും അതേ നമുക്ക് പരിചയമാണ് അതാണ് ബ്രഹ്മം പറയുന്നത് ശരിയല്ല അതുകൊണ്ട് സത്യാദി ശബ്ദ സത്യം ജ്ഞാനം അനന്തം ആനന്ദം നിത്യം ബുദ്ധം മുക്തം എന്ന് പറയുന്ന ഈ ശബ്ദങ്ങളെല്ലാം എന്താണ് ലക്ഷ്യത്തെ ബോധിപ്പിക്കുന്നു സത്യശബ്ദേവി സർവവിശേഷ പ്രത്യസ്തമിത സർവ്വവിശേഷങ്ങളിൽ നിഷേധിക്കും സർവ്വവിശേഷങ്ങളെ നിഷേധിക്കാന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഉണ്ടായി മുൻപില്ലാതിരുന്നു നാളെ നശിക്കും ഇതാണ് ഇതിൽ വരുന്ന വിശേഷങ്ങൾ ഇതിനേക്കാൾ നിലനിൽപ്പ് മറ്റൊന്നിനുണ്ട് പറയണ്ടേ ഇതിന്റെ സത്ത കൂടുതലുണ്ട് കാരണം ഇത് കൂടുതലായും നിലനിൽപ്പ് മറ്റൊരു ക്ഷണിക മണ്ണുണ്ടായി നശിച്ചുപോകുന്നതാണ് അവിടെ എല്ലാ എന്താണ് സത്യത്തിന്റെ അനുഭവമാണ് സത്യയാണ് പറയുന്നത് ഒരു ക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്ഷണം സത്യം അംഗീകരിക്കുന്നു അടുത്ത ക്ഷണം നിശ്ചി സത്യം നിഷേധിക്കുന്നു അപ്പോൾ സത്യയെ ദീർഘമായും വിർസമായും ക്ഷണികമായും മഹത്തായും എല്ലാം നമ്മൾ അനുഭവിച്ചു പറയുകയാണ് അതെല്ലാം സത്യയുടെ വാക്യത്തെക്കുറിച്ചാണ് സത്യശബ്ദേനാവി സർവവിശേഷ പ്രത്യസ്തം ഇതാ അവിടെ ഇതൊന്നും പറയാൻ കഴിയും ഉണ്ടായി നിലനിന്ന് രസിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല സർവവിശേഷ പ്രത്യസ്തമിതസ്വരൂപത്വ ബ്രഹ്മണ ആ പരമാർത്ഥസത്ത ആ ബ്രഹ്മം അവിടെ ഈ സത്തയുടെഡേയത്തെക്കുറിച്ചിലൊന്നും അനുഭവപ്പെടുത്തില്ല അങ്ങനെ അതാണ് വാസ്തവമെങ്കിലും ബാഹ്യസത്ത സാമാന്യവിശ്വേണ സത്യശ്തേന സാധാരണ നമ്മൾ പറയുന്ന ഉണ്മ ആ ഇത് ഉള്ളതാണ് സത്യം ഉള്ളത് മലയാളത്തിൽ അങ്ങനെ പറയും അതങ്ങനെ സാമാന്യ വിശേഷരൂപത്തിൽ അനുഭവിക്കുന്നു സത്തയായിട്ട് സത്തയുള്ള വസ്തുവിനെ സത്തായി സത്യമായി ഇതാണ് സാമാന്യ വിശേഷരൂപത്തിൽ ഇങ്ങനെ അനുഭവപ്പെടുന്നു അങ്ങനെ അനുഭവപ്പെടുന്നിടത്ത് എല്ലാം എന്താണോ സത്യശബ്ദേന സത്യശബ്ദത്തിലൂടെ ബ്രഹ്മത്തെ ലക്ഷ്യമാക്കുകയാണ് എങ്ങനെയാണോ ജ്ഞാന ശബ്ദത്തിലൂടെ പരമാർത്ഥത്തെ ലക്ഷ്യമാക്കുന്നത് പോലെ ഈ സത്തയുടെ നാനാത്വ അനുഭവത്തിലും ആ സത്ത് എന്നുള്ള ശബ്ദത്തിലൂടെ ബ്രഹ്മത്തെ ലക്ഷ്യമാക്കുകയാണ് സത്യം ബ്രഹ്മേരി എന്ന് പറയുന്നു സത്യം ബ്രഹ്മോ സത്യശബ്ദവാച്യമേവ ബ്രഹ്മ അതുകൊണ്ടൊരിക്കലും അത് സത്യശബ്ദത്തിന്റെ വാച്യമാണെന്ന് ഗ്രഹിക്കരുത് എങ്ങനെയാണോ ജ്ഞാനശബ്ദത്തിന്റെ വാച്യം അല്ലാതായത് അതുപോലെ ബ്രഹ്മം സത്യശബ്ദത്തിന്റെ വാച്യവുമല്ല അപ്പൊ ആ വാച്യാർത്ഥവും രക്ഷ്യാർത്ഥവും തമ്മിലുള്ള അന്തരം അത് മനസ്സിലാക്കിയിരിക്കണം ഇതിന്റെ അർത്ഥം ഇതിന് വാച്യാർത്ഥം ജ്ഞാനശബ്ദത്തിനും സത്യശബ്ദത്തിനുമെല്ലാം വാച്യാർത്ഥം ആ വാച്യാർത്ഥം നമുക്ക് പരിചയമുള്ളതാണ് പക്ഷെ ബ്രഹ്മ അതല്ല ആ വാച്യാർത്ഥമല്ല അത് ലക്ഷ്യമാണ് സത്യാദിശബ്ദാഹ ഇതരേതര സന്നിധവും അന്യോന്യനിയമ്യനിയയാമക സന്ധ സത്യാദിശബ്ദവാച്യാ നിവർത്തക यतो अप्राप्य ണി സിദ്ധം എവർത്ത അനസരു അനിലയെ അവാ്യവം നീലവത്പ്പലവത് അവാ്യർത്വം ച സത്യം ജ്ഞാനം അനന്തം ഓരോ ശബ്ദവും ലക്ഷ്യത്തെ ബോധിപ്പിക്കുന്നു അങ്ങനെ ഒരു ശബ്ദം മതിയല്ലോ എന്തിനാ മൂന്ന് ശബ്ദങ്ങൾ ഇനി ഒരു ശബ്ദം പറഞ്ഞാൽ ചോദിക്കുക എന്തിനാ ശബ്ദം എന്തായാലും ഇത് ശബ്ദത്തിന്റെ വാച്ചിവന്നെ ശബ്ദം എന്തിനാ ലക്ഷ്യമാണെങ്കിൽ അതിന് ശബ്ദവുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ എതോ വായിച്ചോ നിവിടുത്തെന്തേന്ന് തന്നെ പറയുന്നു വാക്ക് പിൻവലിയുകയാണ് ആ സ്ഥാനത്തിന് വാക്കുമായിട്ട് എന്താ ബന്ധം പിന്നെ ശബ്ദത്തിന്റെ തന്നെ ആവശ്യം എന്താണ് പക്ഷെ ബുദ്ധി ജീവന്റെ ബുദ്ധി ശബ്ദ രൂപരസഗന്ധങ്ങളെ ആശ്രയിച്ച അങ്ങനെ ശബ്ദാദികളെ ആശ്രയിച്ചിരിക്കുന്ന ഈ ബുദ്ധിയെ അതിനെ ആശ്രയിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് ഈ ശബ്ദാദികളെ തന്നെ ആശ്രയിക്കേണ്ടി വരും വേറെ വഴി ഭരണങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു മനസ്സിനെ ആശ്രയിക്കേണ്ടി വരുന്നു ഈ തത്വം സ്വയം പ്രകാശിക്കുന്നതാണെന്ന് പറയുന്നു ഇതെവിടെയാ സ്വയം പ്രകാശിച്ചു കാണുന്നു ഇത് സ്വയം പ്രകാശിക്കുന്നതിന് തന്നെ ഭരണങ്ങളെ ആശ്രയിക്കുന്നു മനസ്സിലൂടെ പ്രകാശിക്കുന്നു നമ്മൾ പറയുന്നു കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറയുന്നു കർണങ്ങളെയൊക്കെ ആശ്രയിച്ചത് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ അസ്തിത്വത്തെ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ഉണ്ടോ അഹമസ്മി എന്നിങ്ങനെ ഈ തത്വം തന്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തുന്ന സ്വയം പ്രകാശിക്കുക പറയുന്നത് വേറെ ഒന്നിനും അതിനെ എന്നാലും അതിനെ ബോധിക്കുന്നതിന് ശബ്ദത്തിൻ്റെ സഹായം വേണ്ടി വരും ഒരു ശബ്ദമല്ല കോടി ഗ്രന്ഥങ്ങളെ ആശ്രയിക്കേണ്ടി വരും എന്തുകൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ശബ്ദത്തെ ആശ്രയിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പരാഞ്ചി ഖാനി വ്യതന സ്വയം പോവും അപ്പോൾ സൃഷ്ടികർത്താവ് ആ തരത്തിലാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് സ്വയം പ്രകാശിക്കുന്നതാണെങ്കിലും ഈ ശബ്ദങ്ങളെല്ലാം ആശ്രയിക്കുന്നു അതിൻ്റെ വാച്യത്തെയും അതിനപ്പുറം ലക്ഷ്യത്തെയും ഒക്കെ ആശ്രയിക്കേണ്ടി വന്നു അതുകൊണ്ട് ഒരു ശബ്ദം പോരാ പല ശബ്ദങ്ങൾ വേണം അത് മുമ്പ് പറഞ്ഞതാണ് ഇതരേതര സന്നിധു അന്യോന്യ നിയമ്യ നിയാമക അത് ശ്രുതി പറയുന്നത് എന്താണിത് നേരിട്ടൊന്നും ബോധിപ്പിക്കുന്നില്ല ഒരു ശബ്ദവും ബോധിപ്പിക്കുന്നില്ല പക്ഷെ ശബ്ദങ്ങൾ എന്ത് ചെയ്യുന്നു നിഷേധത്തിലൂടെ ബോധിപ്പിക്കുന്നു ഇതല്ല എന്ന് പറഞ്ഞ് ബോധിപ്പിക്കുന്നു ഇതൊക്കെയാണെന്ന് ധരിച്ചിരിക്കുന്ന ഒരു മനസ്സിന് ഇതൊക്കെ ഇതൊന്നും അല്ലയെന്ന് നിഷേധിച്ച് ബോധിപ്പിക്കാൻ പറ്റൂ ഇതാണ് സത്യം എന്ന് നാമരൂപത്തെ ധരിച്ചിരിക്കുന്നു സത്യം അതല്ല ബ്രഹ്മമാണ് പരമാർത്ഥം പക്ഷെ നാമരൂപങ്ങളെ സത്യം ഒന്ന് ധരിച്ചാൽ ആ ധരിച്ചിരിക്കുന്ന മനസ്സിനെ തന്നെ നിഷേധിച്ചാലേ അത് ബോധിക്കാൻ പറ്റും അങ്ങനെയുള്ള നിഷേധത്തിന് ഒന്നിൽ കൂടുതൽ ശബ്ദങ്ങൾ ആവശ്യമാണ് എങ്ങനെ അതാണ് പറഞ്ഞത് അന്യോന്യ നിയമ്യ നിയാമകങ്ങളായി പരസ്പരം ഈ ശബ്ദങ്ങൾ സഹായിക്കുന്നു നിഷേധിക്കേണ്ടതിനെല്ലാം നിഷേധിച്ചിട്ട് ശേഷിക്കേണ്ടതിനെ ശേഷിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് സഹായിക്കും ഞാനും എന്ന് മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും അറിവ് ഇതാണോ ബ്രഹ്മം എന്ന് ചോദിക്കും ഇത് ബ്രഹ്മമായിട്ട് എന്താ വിശേഷം അറിവ് എനിക്കുണ്ട് എനിക്കറിയാം എന്താണ് അറിവെന്ന് അത് നിസ്സാരമായ കാര്യമാണ് അതിനറിഞ്ഞിട്ട് ഇവിടെ സംസാരം നിവൃത്തി അപ്പോൾ അറിവെന്നുള്ള പദം കൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല പക്ഷെ പ്രയോജനം ഉണ്ടാകുന്നുണ്ട് എന്താണ് അത് എന്തായാലും ജഡമല്ല അചേതനമായ വസ്തുക്കളല്ല അറിവാണ് പക്ഷെ അത് പൂർണ്ണമാകുന്നില്ല വീണ്ടും സംശയം വരുന്ന പറയുന്നു ജ്ഞാനം മാത്രമല്ല എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നു അപ്പോൾ ഈ മാറുന്ന അറിവല്ല അതാണ് നിയമ്യ നിയാമകങ്ങൾ ഈ ശബ്ദങ്ങളെന്ന് പറയുന്നു ഒന്ന് മറ്റൊന്നിന് സഹായിക്കുന്നു ഒന്ന് മറ്റൊന്നുകൊണ്ട് ഭരിക്കുന്ന അർത്ഥത്തിൻ്റെ ന്യൂനതയെ പരിഹരിക്കുന്നു ഒരു ശബ്ദം മറ്റൊരു ശബ്ദത്തിൻ്റെ അർത്ഥത്തിന് കൂടുതൽ ബലം കൊടുക്കുന്നു അർത്ഥത്തിൽ കൂടുതൽ അർത്ഥത്തെ കൂട്ടിച്ചേർക്കുന്നു ആവശ്യമില്ലാത്ത അർത്ഥങ്ങളെ ഒഴിവാക്കുന്നു അതുകൊണ്ട് ഇത്തരേതൊരു സന്നിധവും പരസ്പരം ചേർന്നിരിക്കുമ്പോൾ സത്യത്തിനടുത്ത് ജ്ഞാന വിധിക്കുമ്പോൾ ജ്ഞാനത്തിനടുത്ത് അനന്ത വിരിക്കുമ്പോൾ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഇതരേതൊരു സന്നിധവും അന്യോന്യ നിയമ്യ നിയാമക അനന്തം എന്ന് പറയുന്നു ബ്രഹ്മ അനന്തമാണോ പരിച്ഛിന്നമായ എല്ലാത്തിനൊന്നും മനസ്സ് പോകുന്നു ആകാശം വരെ പരിഛിന്നമാണ് അവൻ യുക്തി കൊണ്ട് മനസ്സിലാക്കുന്നു ശ്രുതി അതിനപ്പുറമുള്ള അപരിച്ഛിന്നമായ ഒന്ന് എന്ന് പറയുമ്പോൾ ഈ പരിച്ഛിന്നമായിരിക്കുന്ന പരിമിതമായിരിക്കുന്ന ഒന്നിലും മനസ്സ് കൊടുങ്ങുന്നില്ല അത് അപരിമിതമായിരിക്കുന്ന തത്വത്തിന് മനസ്സെത്തിച്ചേരുന്നു അതിന് അനധിശബ്ദം പ്രയോഗിച്ചേ മതിയാവും സത്യശബ്ദം പ്രയോഗിച്ചേ മതിയാവും ജ്ഞാനശബ്ദം പ്രയോഗിച്ചേ മതിയാവും ഇതുപോലെയാണ് നിത്യശുദ്ധ ബുദ്ധമുക്ത ശബ്ദങ്ങളല്ല ഓരോ ശബ്ദത്തിനും ഓരോ ശബ്ദവും മറ്റ് പലതിനെയും നിഷേധിക്കുകയും മറ്റു പലതിനെയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം സത്യാധിശബ്ദവാക്യാവർത്തക ഇതേ ശബ്ദങ്ങൾ തന്നെ ർത്ഥത്തെ ബോധിപ്പിച്ചുകൊണ്ട് വാച്യാർത്ഥത്തിൽ നിന്നും അർത്ഥത്തെ മാറ്റുന്നു അതാണ് ഇതിൻ്റെ പ്രത്യേകത ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ധരിക്കും അനന്തം എന്തിനാണ് അനന്തം എന്ന് പറയുന്നത് ആകാശത്തെയാണ് അനന്തം എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ വാക്കാണ് അനന്തം അപ്പം ബ്രഹ്മത്തെക്കുറിച്ച് അനന്തം എന്ന് പറയുമ്പോൾ അതതിന്റെ വാച്യമയുന്നു അവിടെ ജ്ഞാനമെന്നുള്ള ശബ്ദം ജ്ഞാനശബ്ദം എന്ത് ചെയ്തു വാച്യാ നിവർത്തക അനന്തശബ്ദത്തിന്റെ വാച്യത്തിൽ നിന്നും മനസ്സിനെ നിവർത്തിപ്പിക്കുന്നു ഇത് ആകാശമല്ല ആകാശം ജ്ഞാനമല്ല അതാണ് ജ്ഞാനശബ്ദത്തിന്റെ പ്രയോജനം വാച്യത്തിൽ നിന്ന് നിവർത്തിപ്പിച്ച് മനസ്സിനെ യഥാർത്ഥമായ അനന്തത്തിലേക്ക് കൊണ്ടുപോകും അതേതാതാണ് അത് ജ്ഞാനമാണ് അനന്തമായ ജ്ഞാനം ജ്ഞാനവുമായിരിക്കണം അത് അനന്തമായിരിക്കണം അപ്പോൾ ആകാശമാകാൻ വഴിയില്ല അതാണ് ഇതിൻ്റെ നിവർത്തിപ്പിക്കുന്ന സ്വഭാവം ഇവിടെ വാച്ചാർത്ഥത്തെ ഗ്രഹിക്കരുതെന്നാണ് പറയുന്നു വാച്ചാർത്ഥം ഗ്രഹിക്കണം വാച്ചാർത്ഥം ഗ്രഹിച്ചാലും മുമ്പോട്ട് ചിന്തിക്കാൻ പറ്റും ശ്രോണവും മനനവും കൂടാതെ ധ്യാനിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരങ്ങനെ ധ്യാനിക്കുന്നതിന് എന്റെ ആവശ്യമില്ല ശ്രവണ മനനങ്ങൾ ആവശ്യമില്ല ഇവിടെ അങ്ങനെയുള്ള ധ്യാനം എന്താ പറയുന്നത് ശ്രവണമനങ്ങളിലൂടെ വെളിപ്പെടുന്ന തത്വത്തെ ധ്യാനിക്കേണ്ടത് ശ്രവണ മനനങ്ങളിലൂടെ തത്വം വെളിപ്പെടാതെ എങ്ങനെ ധ്യാനിക്കും അപ്പോൾ തത്വത്തെ ധ്യാനിക്കുന്നതിന് അത് ആവശ്യമാണ് അതെങ്ങനെ വെളിപ്പെടുത്തുന്നു നിവർത്തക ആവശ്യമില്ലാത്തതിനൊക്കെ ഒഴിവാക്കുന്നു അപ്പോൾ വാച്യം ഇന്നതാണെന്ന് ബോധിപ്പിക്കുന്നു ഇന്നതല്ലെന്നും ബോധിപ്പിക്കുന്നു ജ്ഞാനശബ്ദം ബ്രഹ്മത്തെ അത് ജ്ഞാനമാണെന്ന് ബോധിപ്പിക്കുന്നു അതേസമയം സത്യശബ്ദമെന്ന് പറയുന്നു അത് ബുദ്ധിയുടെ പരിണാമമല്ല എന്ന് ബോധിപ്പിക്കുന്നു അനന്തശബ്ദം ബ്രഹ്മത്തെ അനന്തമാണെന്ന് ബോധിപ്പിക്കുന്നു പക്ഷേ അത് ജഡമായ ആകാശമല്ല മറിച്ച് ജ്ഞാനമാണ് ഇങ്ങനെ ബോധിപ്പിക്കുന്നു ഈ പരസ്പരം കൂടിച്ചേർന്ന് ഇതെന്ത് ചെയ്യുന്നു ഓരോന്നിന്റെയും വാച്യങ്ങളിൽ നിന്നും മാറ്റി അതൊരു ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിച്ചു ഈ വാച്യങ്ങളൊന്നും അല്ല അതുകൊണ്ട് ലക്ഷണാർത്ഥാശവന്തി നമ്മളീ ശബ്ദങ്ങളിൽ ഇതിന്റെ ലക്ഷണത്തിന് വേണ്ടിയാണ് സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന ലക്ഷണപദങ്ങൾ അല്ലെങ്കിൽ ലക്ഷണവാക്യം അതാണ് സ്വരൂപലക്ഷണങ്ങൾ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് ഇത്യഹ അതുകൊണ്ട് സിദ്ധമായ എന്താണ് യഥോ വാചോന്നി വെട്ടേ അപ്രാപ്യ മനസ്സാസഹ ഇതെല്ലാം പരസ്പര വിരുദ്ധമല്ലേ നീ സത്യജ്ഞാനം അനന്ത ശബ്ദം കൊണ്ട് പറയുന്നു വേറെടുത്ത് പറയുന്നു അത് എത്തോ വാച്ചോ നിവർത്താന് ഈ വാക്ക് എവിടെ നിന്നാണോ പിന്തിരിയുന്നത് മനസ്സ് എവിടെ നിന്നാണോ പിന്തിരിയുന്നത് കരണങ്ങൾ എവിടെ നിന്നാണോ പിന്തിരിയുന്നത് ഇങ്ങനെ പറയുന്നു ഇതൊരു വൈരുദ്ധ്യമാണല്ലോ വൈരുദ്ധ്യമില്ല എന്തുകൊണ്ട് വാച്യത്തെ ഗ്രഹിക്കുക വാച്യത്തിൽ നിൽക്കരുത് വാക്യങ്ങൾ ലക്ഷണാർത്ഥം ലക്ഷണയ്ക്ക് വേണ്ടിയാണെന്ന് ഗ്രഹിക്കുക വാച്യത്തിലൂടെ ബോധിപ്പിക്കുന്ന ലക്ഷ്യം അതാണ് അനിരുക്തേ അനിലയനേ അത് നിർവചിക്കാൻ കഴിയില്ല വാക്കിലൂടെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല ശബ്ദാർത്ഥമല്ല അവാക്യത്വം ശബ്ദത്തിൻ്റെ അർത്ഥമല്ല വാക്യത്തിന്റെ അർത്ഥമല്ല നീലോത്പലവ് ആ വാക്യാർത്ഥത്വം നീലോത്പലം എന്ന് പറയുന്ന പോലെ വാക്യാർത്ഥമായിട്ട് ഗ്രഹിക്കാൻ ശബ്ദാർത്ഥമായിട്ടും ഗ്രഹിക്കാൻ മതിയ ശബ്ദങ്ങൾ കൂടിച്ചേരുന്നതാണ് വാക്യം ഓരോ ശബ്ദത്തിന്റെ അർത്ഥമായിട്ടോ ശബ്ദങ്ങൾ കൂടി ചേരുന്ന വാക്യത്തിന്റെ അർത്ഥമായിട്ടോ ഇതിനു ഗ്രഹിക്കാൻ സാധ്യമല്ല എന്നാൽ ശബ്ദാർത്ഥവും വാക്യാർത്ഥവും അതായത് വിത്പത്തി ആവശ്യമാണ് അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം പക്ഷെ വിത്പത്തിയിൽ ഇത് അവസാനിക്കുന്നില്ല സംസാരം നിവൃത്തിക്ക് ഉതകത്തക്ക തരത്തിൽ ഉള്ള ഇതിൻ്റെ ജ്ഞാനം അതിനെ അപരോക്ഷത എന്ന് പറയുന്നു അത് വാശികാർത്ഥമായി ഇതിനെ ഗ്രഹിക്കലല്ല ഈ ശബ്ദങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ലക്ഷ്യാർത്ഥമായി അതിനെ ഗ്രഹിക്കലാണ് എന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം